സീനുഖീ ചാരി <Anfang> വൈദ്യാനം കർമ്മ ഹിംസായുക്തമാർച്ചിരിക്കുന്നത് ഉത്തരായണ ദർഗങ്ങളെ കുറിച്ചാണ് ഉപാസകൻ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു ഇഷ്ടപ്പെടുത്ത കർമ്മങ്ങൾ ചെയ്യുന്നവര് ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു ഇതിന് രണ്ടിനും രണ്ടു മർഗത്തിലും പ്രമാണമായിരിക്കുന്ന വേദമാണ് വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ഉപാസനകൾ അതാണ് മുഖ്യം ഇപ്പം വൈദിക കർമ്മങ്ങൾ ഇതാണ് ഫലമെങ്കിൽ വൈദിക കർമ്മങ്ങളിൽ തന്നെ ഹിംസ വരുന്നുണ്ട് വൈദികാന കർമ്മ ഹിംസായുക്തേന കാരണം ആട്ടിനെയും മറ്റും കൊല്ലുന്നുണ്ടാവുള്ള മറ്റും കല്പസൂത്രങ്ങളും മറ്റും വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് ഹവിസായി അതിൻ്റെ പപ്പ ഉള്ളിലിരിക്കുന്ന ഭാഗങ്ങളടുത്ത് യാഗാംഗലി സമർപ്പിക്കും അതിനു വേണ്ടിയിട്ട് തന്നെ കഴുത്താക്ക്വാസം മുട്ടിച്ചാൽ കൊള്ളും അത് ക്രൂരമായ ഹിംസയാണ് ഹിംസായുക്തത്വ വൈദികമായ കർമ്മങ്ങളിൽ ഹിംസയുണ്ട് നമ്മൾ ഉഭയ ഹിതത്വം അത് പുണ്യത്തിനും പാപത്തിനും കാരണമാണ് ശക്തിമനുമാദം അതങ്ങനെ ഊഹിക്കേണ്ടിയിരിക്കുന്നു എന്നാ പറയുന്നു അതിന് ഭാഷകാരെന്ന് ശരിക്കും ഹിംസായഹാ ശാസ്ത്ര ചോദിതത്വംസ ഒന്നിനെ കൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് അത് പാപത്തെ ഉണ്ടാക്കുന്നില്ല മറിച്ച് അത് ശാസ്ത്രം വിരിക്കുന്നു ഇല്ലയോ അതനുസരിച്ചിട്ടാണ് ഞാഗത്തിൽ കൊല്ലുന്നു പക്ഷെ അത് ശാസ്ത്രം വിരിച്ചതാണ് ശാസ്ത്രചോദിതമാണ് ശാസ്ത്രം വിരിച്ച ഹിംസ എന്നൊന്ന് അഹിംസയ്ക്ക് നമ്മൾ പാപമുണ്ടാകത്തില്ല ഇത് ജൈമിനിയുടെ സിദ്ധാന്തമാണ് ഇവിടെ ജൈമിനിയുടെ സിദ്ധാന്തത്തെ ഭാഷകാരം സ്വീകരിച്ചിരിക്കുകയാണ് അഹിംസൻ സർവഭൂതാനി അന്യേത്ര ഹിംസിക്കരുതെന്ന് പറയുന്നുണ്ട് മാഹിംസയാ സർവഭൂതാനി ഒരു പ്രാണിയും കൊല്ലരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് പറയുന്നുണ്ട് അന്യത്ര തീർത്ഥേഭ്യ തീർത്ഥം എന്ന് വെച്ചാൽ യാഗം യാഗത്തിലല്ലാതെ യാഗത്തിനു വേണ്ടി അല്ലാതെ ഒന്നിനെയും കൊല്ലാൻ പാടില്ല മീമാംസകരുടെ അഭിപ്രായമുണ്ടത് എല്ലാം മീമാംസകരുടെയും അല്ല ജൈമിനിയുടെ കൂട്ടരുടെ അഭിപ്രായമാണ് അഹിംസൻ കൊല്ലണ്ട സർവഭൂ ഒന്നിനെയും കൊല്ലാൻ പാടില്ല പക്ഷേ അന്യത്ര തീർത്ഥേഭ്യ യാഗസ്ഥലം ഒഴികെയുള്ളിടത്ത് കൊല്ലരുത് എന്നുവെച്ചാൽ യാഗത്തിൽ കൊല്ലാം എന്നാണ് ഇത് ശ്രുതേഹേ ശാസ്ത്രചോദിതായ ഹിംസായ അനടം നധർമ്മേതു അതുകൊണ്ട് ശാസ്ത്രം വിധിച്ച ഹിംസയിൽ പാപമില്ല അഭ്യൂമേ പ്യധർമ്മേതുവേ ഹിംസക്രൂര കർമ്മമാണ് അതിനെ ശാസ്ത്രം വിധിച്ചാലും അല്ലെങ്കിലും കർമ്മത്തിനൊരു ഫലം ഉണ്ടാകണമല്ലോ പാപം പാപത്തിന്റെ ഫലമായി ദുഃഖാനുഭവിക്കേണ്ടി വരും നരകാനുഭവം ഉണ്ടാകുന്നു അതുകൊണ്ട് ഹിംസ ചെയ്യുന്നു പാപം ഉണ്ടാകുന്നില്ല എന്നങ്ങനെ സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചാലും അഭിമുഖീപി അധർമ്മഹേതുവേ ഹിംസ കൊണ്ട് പാപം ഉണ്ടാകുന്നു അതിന് സ്വീകരിച്ചു കഴിഞ്ഞാലും മന്ത്രേ ഹി തത് അപ്പനയ ഉപപത്യേഹി ദുഃഖകാരി ആരംഭകത്വ ഉപത്തി അങ്ങനെ വന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കാം എന്താണ് എവിടെയായാലും ഹിംസ ചെയ്താൽ പാപം ഉണ്ടാവും പക്ഷെ പാപുണ്ടായാൽ ആ പാപത്തെ ഇല്ലാതാക്കാം പാവം ഉണ്ടായി ആ പാപത്തിന്റെ ഫലമായ ദുഃഖാനുഭവം ഉണ്ടാകത്തില്ല കാരണം ആ പാപത്തെ ഇല്ലാതാക്കാം ഉദാഹരണം പറയുന്നു മന്ത്രേഹി വിഷാദിപത് വിഷം എന്നു പറയുന്നത് ആളുകൾ കൊല്ലുന്ന സാധനമാണ് പക്ഷെ അത് മന്ത്രയുക്തമായി കഴിഞ്ഞു ചില വിഷപദാർത്ഥങ്ങളെല്ലാം മാന്ത്രികന്മാർ മന്ത്രയുക്തമായി ഉപയോഗിക്കുമ്പോൾ അത് രോഗ നിവൃത്തിക്കും പുഷ്ടി വിഹേതുമായി തീരും അത് ആരോഗ്യത്തിന് കാരണമായിത്തീരുന്നു മന്ത്രസിദ്ധന്മാരത് ഉപയോഗിക്കുമ്പോൾ വിഷമത്തിന്റെ പൊതുവായ സ്വഭാവമാണ് അത് ഹിംസിക്കുക എന്ന് പറയും കൊല്ലുക കഴിക്കുന്നു അല്ലെങ്കിൽ ദോഷത്തെ ഉണ്ടാക്കുക ക്ഷീണിപ്പിക്കുക പക്ഷെ അത് മന്ത്രയുക്തമായി കഴിഞ്ഞ ഭാഷകാരൻ പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണമാണോ മന്ത്രത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് അന്ന് വരുമ്പോൾ അത് പുഷ്ടിക്ക് ഹേതുവായി തീരുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ഹിംസ കൊണ്ട് പാപം ഉണ്ടാകുന്നു പക്ഷെ അതിനെ അത് വിഹിതമായതുകൊണ്ട് അതില്ലാതായിത്തീരുന്നു ആ പാപം ഫലത്ത് കൊടുക്കുന്നില്ല എന്താ ദുഃഖകാര്യ ആരംഭകത്വ പകത്ത് ഹി അതുകൊണ്ട് ദുഃഖകാര്യത്തേതുണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് ശ്രുതികരണം വിരിച്ചിരിക്കുന്നു അന്യ അന്യത്ര തീർത്തും യാഗത്തിൽ ഹിംസിച്ചാലും അത് വിഹിതമായതുകൊണ്ട് വേദം വിധിച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് പാപമുണ്ടായാലും ആ പാപം ഭരത്ത കൊടുക്കാതെ നശിച്ചു പോവും ദുഃഖകാരി ആരംഭത്തിൽ വൈദികാനോ കർമ്മണോ മന്ത്രേണ ഇവ വിഷഭക്ഷണസ്യ മന്ത്രയുക്തമായി വിഷാംശമുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷത്തെ ചെയ്യുന്നു മീമാംസകന്മാരുടെ ഇടയിൽ തന്നെ രണ്ടുപക്ഷം ഈ യാഗത്തിൽ ഹിംസ ആകാമോ ഹിംസ വന്നാൽ അതിന്റെ ഫലമായി പാപം ഉണ്ടാവും പാപത്തിന്റെ ഫലമായി ദുഃഖം അനുഭവിക്കേണ്ടി വരും മീമാംസകൾ ഒരു കൂട്ടർ പറയുന്നുണ്ട് യാഗത്തിൽ വേദത്തിൽ ഹിംസ വിധിച്ചിരിക്കുന്നു പശുവിൻ ആലഭേദ ആടിനൊല് എന്നു വിധിച്ചിരിക്കുന്നോണ്ട് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല യാഗത്തിൽ ഹിംസ ചെയ്തേ പറ്റും പക്ഷെ വിഹിതമായതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പാപം നശിച്ചും ഫലത്തു കൊടുക്കത്തില്ല ഈ സാഖ്യന്മാരും മറ്റും പറയുന്നത് എന്താണ് അങ്ങനെ വേദത്തിൽ വിധിച്ചതിന്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ ഹിംസയുടെ ഫലം കൂടെ അനുഭവിക്കേണ്ടി വരും കാരണം കർമ്മത്തിന്റെ സ്വഭാവമാണ് അത് ഫലം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ ഹിംസാത്മകമായ കർമ്മത്തിൽ നിന്ന് പാപസംസ്കാരം ഉണ്ടായാൽ ദുഃഖം അനുഭവിക്കും ആയുർവേദം ഭരണശേഷം ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി വേറെ ലോകത്താണല്ലോ പോകുന്ന സ്വർഗത്തിനും പറ്റും അവിടെ എങ്ങനെ ദുഃഖം അനുഭവിക്കും അവർ പറയുന്നു അവിടെ അസുരന്മാരും മറ്റും വരും ദേവേന്ദ്രന്റെ സ്ഥാനം പോകുന്നു ഇങ്ങനെയുള്ള ദുഃഖാനുഭവങ്ങൾ പറയുന്നുണ്ട് ദേവന്മാർക്ക് അപ്പോ ദുഃഖം ഒഴിവാക്കാൻ പറ്റത്തില്ല ഇത് ഒരു കൂട്ടരുടെ അഭിപ്രായം പിന്നെ വേറൊരു കൂട്ടർ പറയുന്ന ആധുനിക ദയാനന്ദ സരസ്വതിയൊക്കെ പോലുള്ള ആൾക്കാർ പറയുന്നത് യാഗത്തിൽ ഒരു സ്ഥലത്തും ഹിംസ വിധിച്ചിട്ടേ യാഗം പറയുന്ന എന്താണ് സർവഭൂതാനി ഒരു പ്രാണികളെയും കൊല്ലരുതെന്നാ പറയുന്നു വൈദികന്മാര് ചെയ്യുന്നത് കൊല്ലുന്ന ശ്വാസം മുട്ടിച്ച് കൊല്ലേം പറ്റും ചെയ്യുന്നു ഇപ്പൊ ഭാഷകാരൻ തന്നെ ഹിംസ അനുകൂലിക്കുകയാണ് യാഗത്തിൽ ഹിംസയാകാം പക്ഷെ അതുകൊണ്ട് പാപുണ്ടാകത്തില്ലെന്നാ പറയുന്നത് ഭാട്ട മീമാംസകളുടെ മതം അത് സ്വീകരിച്ചിരിക്കുകയാണ് പറയുന്നു അത് ശരിയല്ല കാരണം പശു ആലഭേദ ആലംഭനം എന്ന് പറയുന്ന ശബ്ദം ഹിംസിക്കുക എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല ഹിംസ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല ഏതൊക്കെ ആലഭേദെന്ന് മറ്റേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്ന് പറയുന്ന കർമ്മം ഭേദത്തിൽ മറ്റു ഭാഗങ്ങളിലും വരുന്നുള്ളൂ അങ്ങനെ വരുന്നിടത്തെല്ലാം ആ ശബ്ദത്തിന് സ്പർശിക്കുക എന്നുള്ള അർത്ഥമാണോ ഉള്ളു അങ്ങനെ പറയുന്നുള്ളൂ കുശ്ശുണ്ട് പശുവിനെ സ്പർശിക്കുക അർത്ഥത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ പശുവിന് ആലഭേദെന്ന് പറയുന്നത് പറയുന്നത് കൊല്ലുക എന്നാണ് അപ്പം അതിനനുസരിച്ച് കല്പസൂത്രങ്ങളിൽ എങ്ങനെ കൊല്ലണം എന്നുള്ള വിധിയുണ്ടാക്കി ഭേദത്തിനെങ്ങനെ ഒരു വിധിയും കാണും കൊല്ലുക ചെയ്യുക ഏ ചെയ്യുക എങ്ങനെയത് ചെയ്യണം അതിന്റെ വിശദീകരണങ്ങളെല്ലാം കൽപ്പസൂത്രങ്ങളിലാണ് അപ്പം ആലഭേദെന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം കൊല്ലുക എന്നിരത്തിട്ട് അതിന് ശ്വാസം മുട്ടിച്ചു കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ ഇടൊക്കെയാണ് അപ്പോൾ ആലംഭനം എന്ന് പറഞ്ഞാൽ സ്പർശനം എന്നുള്ള അർത്ഥമേ ഉള്ളൂ കൊല്ലുക എന്നുള്ള അർത്ഥമില്ല അതുകൊണ്ട് വേദത്തിൽ ഒരിടത്തും തന്നെ ഇല്ല ഇനി ഏതെങ്കിലും ഭാഗത്തിൽ അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതായത് ചില ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട് യജമാനും ഋത്തിക്കുകളും കൂടെ ചേർന്ന് ഹവിസ് ആയി അർപ്പിച്ചതിന്റെ അവശിഷ്ടമൊക്കെ ഭക്ഷിക്കുന്നു മാംസം ഭക്ഷിക്കുന്നു എന്നൊക്കെ വരുന്ന ഭാഗങ്ങൾ വരുന്നു അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വേദമല്ല അതാണ് ദയാന അങ്ങനെ ഹിംസയെ പ്രത്യക്ഷമായി എവിടെയെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേദമല്ല പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണ് വേദത്തെ മുഴുവൻ പ്രമാണമായി സ്വീകരിക്കാൻ കഴിയില്ല വേദം മുഴുവൻ വേദമല്ല വേദത്തിലും കാലാകാലങ്ങളിലും ഓരോരുത്തരും എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വേദത്തിൽ ഹിംസയില്ല അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഹിംസയൊഴിവാക്കും ഹിംസിക്കത്തില്ല മന്ത്ര ബ്രാഹ്മണയോർ വേദ മന്ത്രഭാഗവും ബ്രാഹ്മണഭാഗവും കൂടെ കൂടി വേദം ബ്രാഹ്മണ ഭാഗങ്ങളിലാണ് ഇതെല്ലാം കൂടുതൽ വരുന്നു അതിന് അവർ പറയുന്നെന്താണ് ഈ ബ്രാഹ്മണ ഭാഗമെല്ലാം പിൽക്കാലത്ത് ഇടിച്ചെടുത്തതാണ് അതിനൊന്നും യഥാർത്ഥ വേദമായി വേദത്തിൽ ഒരു ഭാഗത്തും ഹിംസയില്ല അതാണ് ആധുനികരായ പലരുടെ അഭിപ്രായം ഇവിടെ ജൈമിനിയുടെ തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഭാഷക്കാരൻ യാഗത്തിൽ ഹിംസെ അംഗീകരിക്കുന്നു യാഗത്തിൽ ഹിംസയാകാം അനുഭവം വെച്ചാൽ കൊല്ലുക തന്നെ പക്ഷെ അതിനൊന്നും പാപമുണ്ടാവില്ല എന്ന് പറയുന്നു ബൃഹസ്പതി മറ്റു ചോദ്യം ചെയ്യുന്നു കാരണം അനേകം അനേകം ജീവികളാണ് ഇത് കൊല്ലുന്നത് അപ്പോൾ ഈ പ്രാണികളെയല്ല ആടിനെ ആടിനെ മറ്റു ഇങ്ങനെ കൊന്നുകഴിഞ്ഞാൽ അത് പ്രാണികളുടെ വേദന ശ്വാസം വിളിച്ചു വരുമ്പോൾ വേദന എല്ലാം തീവ്രമായ വേദനയും മറ്റുമാണ് അപ്പം ഇതെല്ലാം ന്യായമാണോ യുക്തമാണോ ധർമ്മമാണോ മീമാംസകർ പറയുന്നത് യാഗാതിരേവധർമ്മ യാഗമാണ് ധർമ്മം വേറൊന്നുമല്ല മുഖ്യധർമ്മം യാഗമാണ് യാഗത്തിൽ ഇതാണ് ഇതെങ്ങനെ ധർമ്മമാകും അപ്പോൾ അതിന് മീമാംസകർ പറയുന്നത് ദോഷമില്ല ഈ പ്രാണികളെല്ലാം മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്ത് പോകുന്നു എത്ര എണ്ണത്തിന് കൊല്ലുന്നു അതെല്ലാം മരിച്ചിട്ട് യാഗത്തിൽ മരിച്ചതുകൊണ്ട് ഇതെല്ലാം സ്വർഗത്തിൽ പോകും അപ്പം ചോദിക്കുന്നു അങ്ങനെ യാഗത്തിൽ ഇതിനെയെല്ലാം നിങ്ങൾ കൊല്ലുന്നു സ്വർഗത്തെ അയക്കാനാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രാദ്ധവും മറ്റും ചെയ്യുന്നുണ്ട് സ്വർഗ്ഗത്തും അത് വേണ്ടി അവരെല്ലാം യാഗം നടത്താത്തത് ഹവിസായി അർപ്പിച്ചുകഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്ത് പോകുമല്ലോ ഇനി എന്തിനാ ഇത്രയും പ്രയാസപ്പെട്ടു മറ്റും ചെയ്യുന്നു എന്നാണ് ബൃഹസ്പതി ചോദിക്കുന്നത് അതുകൊണ്ടിത് ഈ യാഗം എന്ന് പറയുന്നത് നിശാചരന്മാരുടെ രാക്ഷസന്മാരുടെ പണിയാണ് ഇത് ധാർമ്മികമായ പണിയല്ലാന്ന് പറഞ്ഞ് ബൃഹസ്പതി അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട് എന്തുകൊണ്ട് ഹിംസായുക്തമായതുകൊണ്ട് ഹിംസ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദയാൻ്റെ സരസ്വതിയും ധുനികാചാര്യന്മാർ അഹിംസയില്ല എന്ന് സമർത്ഥിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ സന്ദർഭത്തിൽ ശക്തിയിൽ ഇതിന്റെ സന്ദർഭങ്ങളൊന്നുമില്ല അതിന് പറയുന്നത് ജീവന്റെ ഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഭാഷകാരങ്ങളുടെ ചർച്ച ചെയ്താണ് അതായത് ഉത്തരായണം ദക്ഷിണായനം എന്നും രണ്ട് മാർഗമുണ്ട് അത് വൈദികർക്കാണ് കർമ്മം ചെയ്യുന്നവരാണ് അങ്ങനെ കർമ്മം ചെയ്യുന്നവർ അഗ്നിഹോത്രവും പറ്റും ചെയ്യുന്നവർ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞു പക്ഷെ ഹിംസയുള്ളത് കൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാകില്ലേന്ന് നമ്മുടെ ഒരു സംശയം ആക്ഷേപം ഉന്നയിച്ച അതിന് സമാനം പറയുകയാണ് അടുത്ത് പറയുന്നു മന്ത്രത്തിൽ യത്തെ ശരമണീയൻ ബ്രാഹ്മണയോനിം ക്ഷത്രീയോനിം വൈശ്യയോനിം അഥ ഇഹ കംവാ ഈ ഭാഗം വരുന്നുകൊണ്ടാണ് ഹിംസയെ കുറിച്ച് നേരത്തെ ഭാഷകാരം ചർച്ച ചെയ്തത് തനിശയിം മധ്യേ യോഗീയം ശ്യോഭനം ഉപലക്ഷിത പുണ്യ രമണീയ ചരണ അനുശയി പറഞ്ഞല്ലോ ഈ കർമ്മം ചെയ്ത് ചന്ദ്രൻ ലോകത്തിൽ പോയി മടങ്ങി വരുന്നവർ അവരൻ അനുശൈ എന്ന് പറയുന്നത് അനുശയം ഉള്ളവർ അനുശയം എന്ന് പറഞ്ഞാൽ കർമ്മശേഷിക്കുന്നവർ പുണ്യം ശേഷിക്കുന്നവർ ാം മധ്യേഹ ലോക രമണീയം ശോഭനം ശീലം അതില് ഇവിടെ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവര് രമണീയ ചരണാഹ സദാചാരുഷ്ഠയുള്ളവര് സദ്ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവര് ശോഭനോ അനുശ്ചയ പുണ്യം കർമ്മയെ ശാന്തി രമണീയ ചരണാഹ അവരാണ് രമണീയ ചരണം എന്ന് പറയുന്നത് ചരണം എന്ന് വെച്ചാൽ ആചരണം രമണീയമായ ആചരണങ്ങൾ രമണീയം എന്ന് പറഞ്ഞാൽ പുണ്യം പുണ്യാചരണം ആയിട്ടുള്ളവർ അവർക്കെന്താണ് ഫലം എന്നാ ഈ പുണ്യാചരണത്തിൽ വൈദികനെ ഉൾപ്പെടുത്തണം യാഗാദികൾ ചെയ്യുന്നവർ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് ചോദ്യം വരുന്നത് യാഗ ചെയ്യുന്നവരെങ്ങനെ പുണ്യാചരണം എന്ന് പറയാൻ പറ്റുക യാഗത്തിന് ഹിംസയുണ്ടല്ലോ ആ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭാഷകാരന് മുറി പറഞ്ഞത് യാഗത്തിൽ അഹിംസ ഹിംസയല്ല അതുകൊണ്ട് ദോഷമില്ലാന്ന് പു പുണ്യം ചെയ്യുന്നവരാണെങ്കിലോ അവര് രമണീയം യോനും രമണീയ ജന്മത്തെ പുണ്യഫലമായ ജന്മത്തെ പ്രാപിക്കുന്നു ക്രൗര്യ അനുരുതമായ വർജിതാനാ ഹി സഖ്യ ഉപനക്ഷയിലും ശുഭാനുശയ സഹ അസത്യം അനൃതം മായ വഞ്ചന ഇതൊന്നുമില്ലാത്തവർ ഇതൊക്കെയുള്ളവരാണ് ചണ്ടാളൻ എന്ന് പറയുന്നത് ചിലത് ശൂദ്രൻ എന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ് ക്രൗര്യം മലതം വിവേകമില്ല സദാചാരബോധമില്ല ധർമ്മബോധമില്ല മൃഗസമാനമായി ജീവിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത്തരക്കാലം ഉദ്ദേശിച്ചു ചണ്ടാളം ശൂദ്രൻ എന്നു പറയും അതില്ലാത്തവർ പുണ്യശാലി ഉപലക്ഷിയിലും ശുഭാനുശ സദ്ഭാവ ഇതൊന്നുമില്ലാത്തവരാണ് പുണ്യകർമ്മത്തോടുകൂടിമണ്ഡലി രമണീയം പുണ്യേന അങ്ങനെയുള്ള ഈ ലോകത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ സദ്വൃത്തരായി ജീവിച്ച് സദാചാരനിഷ്ഠരായി ജീവിക്കുന്ന ആൾക്കാർ അനുശ്ചയ പുണ്യന കർമ്മ ചന്ദ്രമണ്ഡല ഭുക്തശേഷണ അതവരിൽ കാണും അവരിന് ചന്ദ്രമണ്ഡലത്തിൽ പോയ അവിടെ ചെന്ന് കർമ്മങ്ങളെ അനുഭവിച്ച് മടങ്ങി വന്നാൽ അവരിൽ വീണ്ടും പഴയ പുണ്യകർമ്മങ്ങളിരിക്കും അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളുള്ളത് കൊണ്ട് അഭ്യാസോഹ ശ്രുതി പറയുന്നു അഭ്യാസോഹയത്തെ ക്ഷിപ്രമേ വൈദ്യുതി ശ്രീ ആവിശേഷിന് പെട്ടെന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുടെ ഗതിയെക്കുറിച്ച് അവരുടെ നീണ്ട യാത്രയാണ് പക്ഷെ പറയുന്നു ചന്ദ്രമണ്ഡലത്തിൽ പോയി ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു വീണ്ടും അവർ പുണ്യശേഷിക്കുകയാണ് പുണ്യത്തിന്റെ ആധിക്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് ചന്ദ്രമണ്ഡലത്തിൽ പോയി സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമല്ല ഇവിടെ വന്ന് ഈ മനുഷ്യനായി വന്ന് ബ്രാഹ്മണനായോ ക്ഷത്രിയനാണോ വൈശ്യനോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുമ്പോൾ അവരുടെ ശ്രേഷ്ഠതയനുസരിച്ച് പറയുകയാണ് ബ്രാഹ്മൺ ബ്രാഹ്മണൻ സദാചാര നിഷ്ഠനായവൻ സദ്ധർമ്മ നഷ്ടനാവൻ ഇവിടെ പറഞ്ഞ് ക്രൗര്യ അനുരുദമായ ഇതെല്ലാം പൂർണ്ണമായും വർജിച്ചിരിക്കുന്നവൻ അപ്പോൾ അതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം കഴിഞ്ഞെന്ന് വരത്തില്ല രാജ്യഭരണവും മറ്റും ചെയ്യുമ്പോൾ അതിൽ കുറച്ച് അനുരുദവും ക്രൂരതയൊക്കെ വന്നിരിക്കും അപ്പോൾ ബ്രാഹ്മണനെ അത്രയും യോഗ്യത ക്ഷത്രിയന് വരാൻ വഴി എന്നാലും ശ്രേഷ്ഠമാണ് ഇനി വൈസ്യനാണെങ്കിലും കൃഷി വാണിജ്യം അതുകൊണ്ട് ചെയ്യുമ്പോൾ അവിടെ കൂടുതലും മായയും വഞ്ചനയും വരാൻ ചാൻസുണ്ട് അപ്പോൾ അത് ശ്രേഷ്ഠത ഇല്ല പൂർണ്ണമായും സാത്വികം പറയാൻ പറ്റത്തില്ല സാത്വിക രാജസ താമസ ഗുണഭേദങ്ങളനുസരിച്ചാണ് ബ്രാഹ്മണനക്ഷത്രീയ വൈസ് എന്നിങ്ങനെത്തിയിരിക്കുന്നത് അപ്പോൾ ആ പൂർണമായ സദ്ധർമ്മനിഷ്ഠനായ ബ്രാഹ്മണനായോ ഏറ്റവും ശ്രേഷ്ഠമായ ആ ജന്മം ലഭിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കുറച്ച് ക്രമുര്യാദികളുള്ള അതും പുണ്യമുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആ ജന്മ ശ്രേഷ്ഠമാണ് അതിന് താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ജന്മം ശ്രേഷ്ഠമാണ് വൈശ്യജന്മം കാരണം എന്തുകൊണ്ട് എല്ലായിടത്തും ധർമ്മത്തെ പരിപാലിക്കുന്നു ധർമ്മത്തിന്റെ ഫലമായ സുഖത്തെ അനുഭവിക്കുന്നു ഇത് പുണ്യം കൊണ്ട് കിട്ടുന്ന ജന്മമാണ് ബ്രാഹ്മണക്ഷത്രീയ വൈശ്യ ജന്മങ്ങൾ അത് സാത്വികാമസഭേദമനുസരിച്ച് ഇത്തരം ശ്രേഷ്ഠമായ പുണ്യസമൃദ്ധമായ ജന്മത്തെ കിട്ടുന്നു രമണീയം ക്രൗര്യാദി വർജിതാനാം യോനിം അപദ്ധ്യേരൻ അപ്പോൾ ഇവിടെ ശ്രദ്ധ സമർപ്പിക്കുന്നത് എന്താണ് പുണ്യം കൊണ്ട് ലഭിക്കുന്ന ജന്മമാണോ അപ്പോൾ ജന്മത്തിന് കാരണമായിരിക്കുന്നത് എന്താണ് പുണ്യമാണ് പറയുന്നു അപ്പോൾ പുണ്യത്തിന്റെ ആധിക്യമനുസരിച്ചാണ് ഒരുവൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ അതും എങ്ങനെയായിരിക്കണം കറവുര്യാദി പറഞ്ഞിട്ടാണ് കറൌര്യാദി ദോഷങ്ങളില്ലാത്ത അമാനിത്വം അതമ്പിത്വം അഹിംസ ശാന്തിരാർജവും എന്നെല്ലാം പറഞ്ഞു ബ്രഹ്മകർമ്മ സ്വഭാവജം അങ്ങനെയുള്ള സദ്ഗുണസമ്പന്നന്മാരായ ജീവന്മാരായി പുണ്യം ഹേതുവായി ജനിക്കുന്നു അപ്പോള് ബ്രാഹ്മണത്വം ക്ഷത്രിയത്തും വൈശ്യത്വം എല്ലാം പറയുന്നതിന് കാരണമായിരിക്കുന്നവരുടെ പുണ്യമാണ് ശ്രുതിക്കനുസരിച്ച് അല്ലാതെ പ്രത്യേകിച്ചൊരു സമൂഹത്തിലോ ഒരു ഗോത്രത്തിലോ ജനിച്ചതുകൊണ്ട് പുണ്യം ഉണ്ടാവണമെന്നില്ല പുണ്യഫലമായി എങ്ങനെ പറയൻ ക്ഷത്രിയവിനും വൈശ്യും സ്വകർമ്മനൊരൂപയാണ് അവിടെ വ്യക്തമായി പറയുന്നു ജന്മം എന്ന് പറയുന്നത് കർമ്മത്തിനനുസരിച്ചാണ് അപ്പൊ പുണ്യം കൊണ്ട് അങ്ങനെ ഒരു ബ്രാഹ്മണത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ജന്മത്തിന്റെ അയാൾ ബ്രാഹ്മണനായി തന്നെ തുടരുന്നു എന്തുകൊണ്ട് പുണ്യമാണ് അവന് ഹേതു വഹിക്കുന്നു പുണ്യം അവനെ ചണ്ടാളനാക്കത്തില്ല കർമ്മത്തിനനുസരിച്ചാണ് സംഭവിക്കുന്നത് കർമ്മവും ജന്മവും ഒരുമിച്ച് വരുന്നു പുണ്യം കൊണ്ട് ബ്രാഹ്മണത്വം ലഭിക്കുന്നു അപ്പൊ അവൻ ബ്രാഹ്മണനായി തന്നെ ജീവിക്കുന്നു അതുപോലെ പുണ്യം കൊണ്ട് ക്ഷത്രിയത്വം ലഭിക്കുന്നു ക്ഷത്രിയനായി ജീവിക്കുന്നു വൈശ്യത്വം ലഭിക്കുന്നു വൈശ്യനായിരിക്കും ജീവിക്കുന്നു കർമ്മവും കർമ്മവും അതിന് പുണ്യമാണ് അതിന് ഹേതുവായിരിക്കുന്നത് അത് പിന്നറിയെ തദ്വിപരീത പിന്നെ ഇതിന് മനുഷ്യരുണ്ട് മനുഷ്യരെല്ലാവരും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വര്യമില്ല കപ്പൂയ ചരണം ഉപലക്ഷിത കർമാണോ അശുഭാനുശയാഹ ദുഷ്കർമ്മം അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നവർ അശുഭാനുശയാഹ പാപ സംസ്കാരമുള്ളവർ അനുശയും സംസ്കാരം പാപ സംസ്കാരമുള്ള അഭ്യാസ അവർക്ക് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ എത്തി കപ്പൂയാ അവർക്ക് പാപ ജന്മം യഥാകർമ്മ യുവനി ജന്മം അപദ്ധ്യേരൻ അവരുടെ ആ പാപകർമ്മത്തിനനുസരിച്ചെല്ലാം പാപപുണ്യങ്ങൾക്കനുസരിച്ചാണ് അതിനാണ് സാത്വിക രാജസ താമസങ്ങളെന്ന് പറയുന്നു ജന്മം ആപത്തിയരൻ കപ്പൂയാമേവ ധർമ്മസംബന്ധ വർജിതാം അവിടെ ധർമ്മം കാണത്തില്ല അവർക്ക് സദാചാരബോധം കാണത്തില്ല വിവേകം കാണത്തില്ല ജുഗുപ്സിതാം അത്യധികം നിന്ദ്യമായി ആ ജീവനെ നശിപ്പിക്കുന്നതായ യോനിം ജന്മം ആപത്തിയരൻ പ്രാപിക്കുന്നു എന്തൊക്കെയാണത് ശ്വയോനി നായ് ജനിക്കാം സുഖരയോനിയും പന്നിയായി ജനിക്കാം നമ്മുടെ നായന്ന് പറയുമ്പോൾ ഇന്ന് വലിയ കൊട്ടാരങ്ങളിൽ വളരുന്ന നായല്ല അതൊക്കെ പുള്ളി ജന്മം കൊണ്ട് ജനിച്ചത് പഴയകാലത്ത് അമേദ്യയും മറ്റും ഭക്ഷിച്ചു തെരുവിലൊക്കെ നടക്കുന്ന നായ്ക്കൾ അതുപോലെ സൂകരയും പന്നിയും കഷ്ടമായ ജീവിതത്തെ നയിക്കുന്നവർ മനുഷ്യനെക്കാളും പുണ്യഫലമായി ജീവിക്കുന്ന ഉണ്ട് അത് ഉദ്ദേശിച്ചല്ല പറയുന്നു പന്നിയായി ജനിക്കാം ചണ്ടാളിയ ചാളെന്ന് പറയുന്നത് ഇവിടെ നായിയും പന്നിയേയും കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ ചെണ്ടാളിനെ കുറിച്ച് പറഞ്ഞത് അതിനേക്കാളും മോശമാണ് ചെണ്ടാളൻ എന്തുകൊണ്ട് ഈ നായയും പന്നിയും തില്ലുന്നവനാണ് ചെണ്ടാള് അതുകൊണ്ടാണ് അതിനെ ആദ്യ പറയുന്നത് അപ്പൊ ആരാണോ നായയും പന്നിയും തന്ന അവൻ ചെണ്ടാള് അപ്പൊ ആ ജന്മത്തെ പ്രാർത്ഥിക്കുന്നു അതിന് മോശമാണ് ഋതുപ്ത നിന്ദനീയമായ എന്നറു കാരണം ഇത് പ്രാണികളിൽ വ്യക്തി ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നതാണിത് രണ്ടും അപ്പൊ അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്ന ഇതിനെ രണ്ടിനെയും കഴിക്കുന്നവൻ അതിനും വൃത്തികെട്ടവനാണെന്നുള്ളത് സാമാന്യ വ്യക്തിക്ക് ബോധ്യപ്പെടും ഈ ജന്മത്തെ പ്രാപിക്കുന്ന പാവം ഇല്ലെങ്കിൽ അവരിത് കഴിക്കാൻ തോന്നത്തില്ല പുണ്യുള്ളവന് ഇത് കഴിക്കാൻ തോന്നത്തില്ല ആ പാവം കൊണ്ടാണോ കുറെ കാലം ഇതൊക്കെ കഴിച്ചത് പിന്നെ പുണ്യം വന്നപ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നി മാറുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും മിക്കവാറും പേരും ചെണ്ടാടനായിട്ട് ജനിച്ചിട്ട് പിന്നെ മാറുകയാണ് ബ്രാഹ്മണനാകുക അതുകൊണ്ട് ചണ്ടാളൻ യുവനിന്ന് പറഞ്ഞു ചണ്ടാടൻ ശിശോക്കച്ഛൻ എന്നാണ് എൻ്റെ പര്യായ നായപ്പാകം ചെയ്യുന്നവൻ എന്നുവെച്ചാൽ യാതൊരു ധർമ്മബോധവും ഇല്ലാതെ ഏറ്റവും അസാമാർഗികമായി ജീവിക്കുന്നവൻ നടത്തും അവരെന്നങ്ങനെ അതുകൊണ്ടാണോ പേര് എന്ന് പറഞ്ഞു ശോഭച്ച അങ്ങനെയുള്ള ജന്മത്തെ പ്രാപിക്കുന്നതിന് കാരണം എന്താണ് കർമ്മമാണ് സ്വകർമ്മ അനുരൂപണൈവ അവിടെയും പറയുന്നു ഇതെന്നാ കർമ്മത്തിനനുസരിച്ചാണ് ഈ ജന്മത്തെ പ്രാപിക്കുന്നത് ശ്രുതി പറയുന്നതിൽ വളരെ യുക്തിയുക്തമാണ് ജന്മത്തിന് കാരണം കർമ്മമായിട്ടാണ് പറയുന്നത് വ്യാഖ്യാനിച്ചാണ് ഇതിനെ തെറ്റിക്കുന്നത് ഇതിന് വിപരീതമായി എവിടെയെങ്കിലും ശ്രുതി കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിയല്ല അങ്ങനെ ശ്രുതി അല്ലാതെ തന്നെ കളയണം ഏതു രമണീയ ശരണിജാദേഹ ആരാണോ രമണീയമായ ആചരണമുള്ള ദ്വിജാതികളും ആര് ബ്രാഹ്മണനക്ഷത്ര വൈശർ സ്വകർമ്മസ്ഥ ഇനി അവരെന്ത് ചെയ്യുന്നു സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു അവരിഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർമാതനാകച്ച പോലെ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവസാനിക്കാതെ അവരിങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഘടിയന്ത്രം എന്ന് പറയുന്നത് മേലോട്ട് ഉയരുന്നിട്ട് താഴോട്ട് താഴ്ന്നു കറങ്ങുന്ന യന്ത്രങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പൊതുവായി പറയുന്നത് ഘടിയന്ത്ര നമ്മുടെ വാച്ചിന്റെ സൂചി പോലെ മുകളിൽ പോയി താഴെ വരുന്നു അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ല ഘടിയന്ത്രം അങ്ങനെ ഘടിയന്ത്രം മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു ചന്ദ്രലോകത്ത് പോകുന്നു തിരിച്ച് ഭൂമി വരുന്നു വീണ്ടും പോകുന്നു പുനപ്പുന ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വിദ്യാംസേത് പ്രാപ്തി തഥാ അർച്ചിരാധനാകസന്ധി ഇവർ ഇഷ്ടാദി കർമ്മങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ പോക്ക്പരമാണ് പോയി വന്നുകൊണ്ടിരിക്കും മറിച്ച് വിദ്യാം ചേത് പ്രാപ്തി ഉപാസന ഇവിടെ നിറഞ്ഞ പഞ്ചാഗിന് വിദ്യ പോലുള്ള ഉപാസന ചെയ്യണമെങ്കിൽ തഥാ അർച്ചിരാധനാകസന്ധി ഉത്തരായണ മാർഗത്തിലൂടെ മാർഗത്തെ കുറിച്ച് പറഞ്ഞു അടുത്തോ പഥോണ ചാരി ക്ഷുദ്രാണി അസഹത് ആവർത്തിനി ഭൂതസ്വമ്രിസ്വ തൃതീയം സ്ഥാനം തേന അസൗ ലോകോ ന യുന വിദ്യൂനഭീഷ്ടാതികർമ്മ സേവൻ തധ എോഥോർ യഥോകർച്ചിധൂമാതിലക്ഷ്മണയോർ കത്തേണേണ ജന ഇമാനി ഭൂത ക്ഷുദ്രാണി ദംസ മസകീടാൻ അസഗ യഥാർത്ഥ വിദ്യാസ്യനോപാസനയെ സ്വീകരിക്കുന്നില്ല വേറെ കൂട്ടർ വൈദികമായ ഉപാസനകൾ ഇന്നത്തെ മനുഷ്യൻ അവർക്ക് വൈദികമായ ഉപാസനകളില്ല നഭിഷ്ടാദികർമ്മ ഇഷ്ടപ്പെടുത്ത ദത്ത കർമ്മങ്ങൾ അതും ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ പാപ്യകോപത്ത ഡാകങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല കേവലം സ്വാർത്ഥമായി തന്നെ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ ില്ല അവർ ഈ പറയുന്ന രണ്ടു വഴിക്ക് ഒരു വഴിക്കും പോകുന്നില്ല കത്തരേണ ഒന്നിലൂടെ അവർക്ക് പോവാൻ പറ്റുന്നില്ല താനിമാനി ഭൂതാനി ക്ഷുദ്രാണി അവരെന്ത് ചെയ്യുന്നു ഇവിടെ വരുന്നു ഇവിടെ തന്നെ ജീവിച്ചിട്ട് മരിക്കുന്നു മരിച്ചിട്ട് ഇവിടെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ക്ഷുദ്രാണി ദംസ മശക കീടാദീ നീ കൊതുകോ മൂട്ടയോ അട്ടയോ പുഴുവോ ഒക്കെയായിട്ട് ജനിക്കുന്നു അസക ആവർത്തി നീ ഇതെപ്പോഴും സംഭവിച്ചുണ്ടെങ്കിൽ ഇതിന് ആയുസ് കുറവാണ് പൊതുവായിട്ടൊക്കെ ജനിച്ചാൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഈച്ചയ്ക്കൊക്കെ ഒരു ദിവസം ആയുസയു അപ്പോൾ ജനിക്കുക മരിക്കുക ആവർത്തി അസഹൃത് ദിവസവും ജനിക്കും മരിക്കുകയും ചെയ്യേണ്ടി വരുതാന്ന് പറഞ്ഞ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ ചണ്ടാളൻ ശ്വാസൂഹരൻ എന്നൊക്കെ പറഞ്ഞു അതാ ഉഭയമാർഗപരിഭ്രഷ്ട്രിയന്ത്ഭയമാർഗപരിഭ്രഷ്ട രണ്ടു വഴിയും അവർക്കില്ല അവർ ജനിക്കും മരിക്കുകയും ചെയ്യുന്നു അസഹൃതാവർത്തിൽ അനുകരണം അനുകരണത്തിലാണ് ഈ കരിയാരൂപങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് വിവേകമില്ല എന്നാലും ജനിക്കുന്നു മരിക്കുന്നു വിവേകമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ എന്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് പാപപുണ്യങ്ങളില്ല ഒന്നും സമ്പാദിക്കുന്നില്ല ധർമ്മബോധമുള്ളവനെ പാപപുണ്യമാണ് ധർമ്മബോധമൊന്നുമില്ല ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അപ്പം ഇവരുടെ ചേഷ്ട അവരുടെ വിവേകമല്ലെങ്കിൽ സഹജമായി നടക്കുന്നു ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നു അവർക്ക് ജന്മത്തിൽ ഇതിങ്ങനെ അനുഭവിച്ചു തീർക്കുക എന്നുള്ളത് ഉയരുന്നതിന് യാതൊരു കഴിയുന്ന അത് അനേക ജന്മങ്ങൾ അനേക കാലം അനേക കല്പം ശകീടാദികളായി ജീവിക്കേണ്ടി വരും അതാണ് സ്വയം ഒന്നിനു ശേഷം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെയല്ല ഈശ്വരനിമിത്ത ചേഷ്ട വിധിക്കനുസരിച്ചുള്ള ചേഷ്ടീശ്വര ചേഷ്ട ഇവിടെ അങ്ങനെയല്ല വിവേക ഉപയോഗിച്ച് ധർമ്മത്തെ സ്വീകരിക്കുന്നു കർമ്മത്തെ അനുഷ്ഠിക്കുന്നു അവന്റെ പൗരുഷമാണ് അവന്റെ ആ ജീവനെ മുന്നോട്ട് നയിക്കുന്നത് തന്ത്രമണ്ഡലത്തിലോ സൂര്യമണ്ഡലത്തിലോ ഒക്കെ പോകുന്നത് ആ സ്വേച്ഛണ്ടാണ് കീടങ്ങൾക്കത് സാധ്യമല്ല അവർ ജനിക്കുന്നു മരിക്കുന്നു തന്നുകിടിച്ച് മരിക്കുന്നു ജനന മരണ ദക്ഷിണേനൈവ കാലയാപനഭവതി അവരെ സംബന്ധിച്ചിടത്തോളം ജനനം മരണം ഈ രണ്ട് പ്രവൃത്തികളെയാണ് അതിനിടയ്ക്ക് സഹജമായി സംഭവിക്കുന്ന കാര്യം നിയമം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജനന മരണ ലക്ഷണം ജനനമരണ പ്രവൃത്തി അതുകൊണ്ട് കാലയാപന കാലം കടന്നു പോകുന്നു ആജീവികളെ സംബന്ധിച്ച് അനേക അങ്ങനെ കടന്നു നതു ക്രിയാസ് ഭോഗസ്ഥ അവർക്ക് കർമ്മങ്ങളില്ല കർമ്മഫലാനുഭവമില്ല അതിനുവേണ്ടിയിട്ട് അവർക്ക് സമയം ജനിക്കാൻ മരിക്കുക അതിന് രണ്ടിനെയും സമയമാണ് കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം അവന് വിവേകം വേണം വേദജ്ഞാനം വേണം സ്മാർത്ഥജ്ഞാനം വേണം അത് കഴിഞ്ഞാൽ അനുഷ്ഠിക്കണം അനുഷ്ഠിക്കഴിഞ്ഞാൽ അവന് ഫലം ഫലമായി വരുന്ന സ്വർഗത്തെ അനുഭവിക്കും സുഖത്തെ അനുഭവിക്കും ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല കാലയാപനം മാത്രം കാലം കഴിച്ച് പോകും ഇത് ഇന്നത്തെ സാധാരണ മനുഷ്യനെല്ലാം ഇങ്ങനെയാണ് ഏതത് ക്ഷുദ്രജന്തു ലക്ഷണം ക്ഷുദ്രജന്മ ഏറ്റവും ഇതിനെയാണ് നീജജന്മെന്ന് പറയുന്നത് തൃതീയം ഇത് മൂന്നാമത്തെ വഴി അപ്പൊ ജീവൻ മൂന്ന് ഗതിയാണ് ഒന്ന് ഉത്തരായണം മറ്റൊന്ന് ദക്ഷിണായണം മറ്റൊന്ന് ീടാദി ഇവിടെ തന്നെ വേറെ പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ അനന്തമായ കീടങ്ങൾ യഥക്ഷുദ്രജന്തുലക്ഷം തൃതിയും പൂർവക്കോ പന്ധാനവും അപേക്ഷവും സംസാരം ദക്ഷിണ മാർഗക അഭി പുനർ ആഗന്തി അനധികൃതാനാം ജ്ഞാനകർമ്മോർ അഗമനമേവ ദക്ഷിണേന പദ്ധതി പറയുന്നത് ദക്ഷിണ മാർഗത്തിലൂടെ പോയാലും തിരിച്ചു വരുന്നു പക്ഷെ അതിനും അധികാരികളല്ലാത്തവർ എന്തിനാ ജ്ഞാനകർമ്മണോഹോ ജ്ഞാനത്തിനും അധികാരികളായിട്ടുള്ള അധികാരം അല്ലാത്തവർ നാഷരല്ലാത്തവർ ദുരാചാരികൾ അവരതിനാഷരല്ല ദുഷ്കർമ്മനിരം ക്രൗര്യ അനുഭമായ വഞ്ചന പരവഞ്ചനയൊക്കെ ചെയ്യുന്നവർ അവരിതിന് അധികാരികളല്ല അവർക്ക് ജ്ഞാനത്തിനും അധികാരമല്ല കർമ്മത്തിനും അധികാരമല്ല അവരുടെ മനസ്സോങ്ങോട്ട് പോകത്ത അഗമനമേവ ദക്ഷിണേന കഥ അവര് ദക്ഷിണായന മാർഗത്തിലൂടെയും പോകുന്നില്ല തേനാസുഖ ലോകവന് സമ്പൂര് ഇതേ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അവരുടെ ഇവരെല്ലാം അവിടെ പോയിട്ട് എന്താ ലോകം നിറയാത്തത് ഈ ലോകം എന്താ നിറയാത്തത് എന്ന് പറയുന്നു ലോകം നിറയുന്നില്ല ഇതുവഴി പോകുന്നില്ല പഞ്ചമസ്തു പ്രസന്നഹ പഞ്ചാഗ് വിദ്യായ വ്യാഖ്യാത അഞ്ചാമത്തെ ചോദ്യത്തിന് ചില പറഞ്ഞു അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ച പ്രവാഹനൻ അഞ്ച് ചോദ്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത് അത് പറയുന്നു പ്രഥമോ ദക്ഷിണോത്തരമാർഗാഭ്യാം അപാകൃതോ ആദ്യത്തെ ചോദ്യത്തിന് സമാനം പറഞ്ഞതാണ് ഇവരുള്ള ഏതു വഴിക്ക് പോകുന്നു അതിന് ദക്ഷിണായണം ഉത്തരായണം ഈ മാർഗം പറഞ്ഞു ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച ബ്രഹ്മസൂത്രത്തിൽ വരുന്നുണ്ട് കാരണം ഈ മാർഗങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ചിലത്ത ചില വ്യത്യാസങ്ങൾ ഒരേപോലെന്ന് പറയും അപ്പോൾ ആ വ്യത്യാസങ്ങൾ എങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് എങ്ങനെ ദോഷം വരുന്നില്ല ഇതിനെല്ലാം ഭാഷക്കാർ വളരെ യുക്തിയുക്തമായി പൂർവാപരബദ്ധമായി പരസ്പര ശ്രദ്ധകളെ ബന്ധിപ്പിച്ച് സമാനം പറയുന്നു ബ്രഹ്മസൂത്ര വിശദമായിട്ട് ദക്ഷിണായനമാർഗ്ഗം ഉത്തരായണന്മാർഗ്ഗം ഈ വരുഷത്തിന്റെ ഒരു തുടർച്ചയാണ് ഭഗവത്ഗീത എന്നുകൊണ്ട് അവിടെ ചർച്ച ചെയ്യുന്നുവേദാഖ്യാനങ്ങളിൽ അദ്വൈതമോ ദ്വൈതമോ വിഷ്ടാദ്വീതമോ എന്തോ അനുസരിച്ചു അവിടെയെല്ലാം ഭാഷ രചയിതാക്കളെല്ലാം ഈ രണ്ട് മാർഗത്തെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു ആധുനികന്മാരും ആചാര്യന്മാരും ഇത് രാസിക്കുന്നുണ്ട് അത് വളരെ പ്രസിദ്ധരായ ചില ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണത് ഈ ദക്ഷിണായന മാർഗവും ഉത്തരായണ മാർഗം ഇങ്ങനെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നു വീതേനും പറയുന്നുണ്ട് എന്തായിരുന്നു ഇവിടെ നിന്ന് മരിച്ചതിനു ശേഷം ധൂമത്തിലൂടെ പോകുന്നു ധൂമം എന്താ തീകത്തുമുണ്ടാവുന്ന ധൂമ പിന്നെ ധൂമത്തിന്നു പർജന്യത്തിൽ വരുന്നു ഇതൊക്കെ പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ധൂമം എവിടെയാണ് പർജന്യമാണ് അത് കേട്ടുകഴിഞ്ഞാൽ ധൂമത്തിൽ നിന്ന് പർജന്യം ഉണ്ടായിപ്പോന്നു പക്ഷെ ജലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നേരത്തെ പറഞ്ഞു മേഘം വൃഷ്ടി എല്ലാം സമുദ്ര ജലത്തിൽ നിന്ന് ജലമേളോട്ട് പോകുന്നു എന്നെല്ലാം അപ്പോൾ ഈ ശ്രുതി പറയുന്ന കാര്യങ്ങൾ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പലരും പറയുന്നത് അത് ജീവൻ പോകുന്നു അവിടെ അമാനവുരുഷൻ വന്ന് എതിരേറ്റുകൊണ്ടുപോകുന്നു ആരായി അമാനവ പുരുഷന് എവിടെ വെച്ച് ഏതാ പോയി എങ്ങനെ പോകുന്നു അതിനെന്ത് വ്യുതിക്ക് ബോധിക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടിത് മനസ്സിലാകുന്നില്ല എന്ന് ചെല്ലു പറയുന്നത് ചെല്ലു പറയുന്നത് ശാസ്ത്രത്തിനും ബോധിക്കുന്നില്ല ആധുനിക ശാസ്ത്രമായിട്ടും കാരണം ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന ഈ മേളിൽ കാണുന്ന ചന്ദ്രനാണെങ്കിൽ അവിടെ എല്ലാം മനുഷ്യൻ പോയി നോക്കുകയാണ് അവിടെ ഒരു മണ്ഡലമില്ല അവിടെ ഒരു സ്വർഗമില്ല പിന്നെ ചന്ദ്രമണ്ഡലത്തിൽ പോയി അവിടെ അസുഖം അനുഭവിക്കുന്നു ചന്ദ്രൻ അവിടെ പോയി അസുഖമായിരിക്കും എന്ന് കൊണ്ട് തട്ടിച്ചറങ്ങി അങ്ങനെയല്ല പറയുന്നു അല്ലാതെ അത് ശാസ്ത്രത്തിൽ നിരക്കുന്ന അല്ലാതെ ഈ ഭൂമം അഭ്രം ഇതൊക്കെ തമ്മിലുള്ള ബന്ധം ഇതിന് മറ്റാരോ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ആധുനിക ശാസ്ത്രമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ നിരക്കുന്ന കാര്യങ്ങൾ അല്ല എന്നും വേദത്തേക്ക് പ്രമാണമായി സ്വീകരിക്കുന്ന ആചാര്യന്മാരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആത്യന്തികമായി പറയുന്ന ഇതാണെന്താണോ ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം മുഴുവൻ ഉത്ര ആയോ ദക്ഷിണായണം ഇവിടെ മാത്രമാണ് എവിടെയെല്ലാം ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നു മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു അതെല്ലാം കേവലം അതീന്ദ്രിയമായ വിഷയങ്ങളാണ് സേന്ദ്രിയ വിഷയമല്ല അതീന്ദ്രിയമായ വിഷയങ്ങൾ ഒരിക്കലും ഇന്ദ്രിയ വിഷയവുമായിരിക്കുന്ന യുക്തിയുമായിട്ടോ ശാസ്ത്രവുമായിട്ടോ ഒന്നു ഞാൻ യാതൊരു ബന്ധവും കാണത്തില്ല അതിനെ ബന്ധപ്പെടുത്താൻ പോയി അത് വലിയ പരിഹാസ്യമായി തീരുകയും ചെയ്യും ശാസ്ത്രം എന്ന് എന്താണ് അത് യുക്തിക്കും നിരക്കുന്നതാണ് ഇന്ദ്രിയ വിഷയവുമാണ് ഇന്ദ്രിയ വിഷയത്തെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ് നിഗമനങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഇതങ്ങനെയല്ലേ അതീന്ദ്രിയം മരണശേഷമുള്ള ജീവന്റെ ഗതി തുടങ്ങിയ കാര്യങ്ങൾ സ്വാതീന്ദ്രിയമാണ് അതിനൊരിക്കലും യുക്തിക്കോ ശാസ്ത്രജ്ഞനോ ആർക്കും ബന്ധപ്പെട്ട ഒക്കെ ഞാരെങ്കിലും കഷ്ടപ്പെട്ട് അതിനോട് ബന്ധപ്പെടുത്തിയാലും അത് ശാസ്ത്രം മാറുമ്പോൾ അതിനെയും മാറ്റേണ്ടി അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല ഒന്ന് സേന്ദ്രിയം മറ്റൊന്ന് അതീന്ദ്രിയം പിന്നെ ഇത് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അത്തരം അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ള യക്ഷിമാരൊരു ചർച്ച ചെയ്തു അവർ പറയുന്നു ഇങ്ങനെയൊക്കെയാണ് അതീന്ദ്രിയ അവരുടെ അതീന്ദ്രിയ വാക്കുകളിലൂടെ അവർ വ്യക്തമാക്കുന്നു അവനെ ഇത് ശരിയാണോ തെറ്റാണോ ഇതെന്താണ് അത് ഗുരുവിന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കും അവനാശ്രയിക്കുക അവൻ ശ്രദ്ധ മാത്രമാണ് ഗുരുവിന് കൃഷിയിൽ അതീന്ദ്രിയമായ ജ്ഞാനത്തിൻ്റെ എല്ലാ ശ്രദ്ധയുണ്ടെങ്കിൽ അവനത് സത്യമായി നോക്കപ്പെടും അവൻ ശ്രദ്ധാലും അല്ലെങ്കിൽ ഇതെല്ലാം സമ്മർദ്ദം ശ്രദ്ധയെന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിക്കാതെ ബുദ്ധിയെയോ ആത്മീയശാസ്ത്രത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയാറുണ്ട് അപ്പോൾ അത് വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് അതീന്ദ്രിയ ജ്ഞാനത്തിൽ ആർഷജ്ഞാനത്തിൽ ശ്രദ്ധയുള്ളവനാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ് സത്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വേദത്തിലെ എല്ലാ കർമ്മങ്ങളും ഈ ശ്രദ്ധയെ നിലനിൽക്കുന്ന അതിന്റെയൊക്കെ ക്രമണശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ് അല്ല വ്യക്തിയോ അല്ലെങ്കിൽ മറ്റെല്ലെങ്കിലും സയൻസോ ഒന്നും ആശ്രയിച്ചിട്ടില്ല അതിന് ഉത്തരം സമാധാനം കിട്ടത്തി പറയുന്നു അഗ്നി ഇന്നിപ്പോൾ ആൾക്കാർ പറയും അഗ്നിഭോത്രം ചെയ്യുന്നു അഗ്നിഭോത്രം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണഗുണമുണ്ടാകും ഇത് രണ്ടും അനുഭവമാണ് അഗ്നിഭോത്രം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം അനുഭവപ്പെടുന്നു വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇന്നും ചെയ്താലവർക്ക് അതിന്റെ ഫലം അനുഭവപ്പെടുന്നു പക്ഷേ അതിനെ അവിടെ ഇത് രണ്ടും കർമ്മവും ഫലവും പ്രത്യക്ഷ സിദ്ധമാണ് അക്കാര്യത്തിൽ ആർക്കും അനുഷ്ഠിക്കുന്നവർക്ക് സംശയമുണ്ട് പക്ഷേ ഇത് ഇതിന്റെ ബന്ധം പരസ്പര ബന്ധം എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു അവിടെ യുക്തിയെ ശാസ്ത്രം പ്രവർത്തിക്കത്തില്ല അവിടെയാണ് അതീന്ദ്രിയെന്ന് പറയുന്നത് അത് അതീന്ദ്രിയാണ് അത് വൈദികന്മാർ വരെ സംഭവിക്കുകയാണ് ഇന്ന് ഒക്കെ യുക്തിവാദികൾ പറയുന്നത് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ശാസ്ത്രജ്ഞന്മാർ പറയുന്ന മനസ്സിലാകുന്നില്ല പക്ഷെ വൈദികന്മാർക്ക് നേരത്തെ അറിയാൻ കഴിയും അവർ പറഞ്ഞു ഇത് അധിഷ്ടമാണ് എന്നുവെച്ചാൽ അവിടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല അപ്പം ഗണപതി ഹോമം ചെയ്താൽ ഒരാളുടെ വിഘ്നം നശിക്കുന്നു ഇത് അങ്ങനെ ചെയ്യുന്നവരുടെ അനുഭവമാണ് പക്ഷേ എങ്ങനെയത് സംഭവിക്കുന്നു അതിന് തരും അത് വിഷയം അതീന്ദ്രിയം അവിടെയാണ് നമ്മൾ സയൻസിനെ കൊണ്ടുവരുന്നതും അതുകൊണ്ട് സമ്മാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും വെറും പ്രഹസനം അബദ്ധം പരിഹാസ്യമായ കാര്യങ്ങൾ എന്തുകൊണ്ട് അത് അതീന്ദ്രിയമാണ് അതീന്ദ്രിയമായ ഒന്നിനെ ഇന്ദ്രിയങ്ങളിലൂടെ സമർത്ഥിക്കാൻ സാധ്യമല്ല പിന്നെ അത്തരം കാര്യങ്ങളിൽ ഒന്നു മാത്രമേ ഉള്ളൂ ആർഷജ്ഞാനത്തെ സ്വീകരിക്കുക ശിഷികമാരുടെ ജ്ഞാനത്തെ അംഗീകരിക്കുക അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ തൽക്കാലം അതിനെ പിന്തുടരുക അവർ പറയുന്നതിൻ്റെ താല്പര്യം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ത് താല്പര്യത്തിലാ അവർ വാക്കുകൾ പ്രയോഗിക്കുന്നതെന്ന് തന്നെ മനസ്സിലാകാൻ പ്രയാസം എന്നാലും മനസ്സിലാകുന്നുള്ള തരത്തിൽ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അധിഷ്ഠം എന്ന് പറയുന്നത് എന്താണ് അപൂർവം അധിഷ്ഠം ഭട്ടനും പ്രഭാകരും ഒരു ഒക്കെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും എന്താ അധിഷ്ഠം അപൂർവം സംസ്കാരമാണ് പിന്നെ അവസാനം പറയുന്ന അതാരണ ഭോചനീയമാണ് വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ എന്തോ ഒന്നുണ്ട് കാരണം കർമ്മത്തിന് ഫലം കാണുന്നുണ്ട് അതിനെ നിഷേധിക്കാൻ അസ്വാനുഭവമായി അങ്ങനെ നിഷേധിക്കാൻ പറ്റും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും യുക്തിയിലൂടെ ശാസ്ത്രത്തിലൂടെയൊന്നും ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി ഇന്ദ്രിയങ്ങളുമെല്ലാം ഇങ്ങനെ ബഹുർമുഖമായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം സാധ്യമേയല്ല അതിലൊരു മെഷീനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരു കമ്പ്യൂട്ടറിനും അത് സാധ്യമല്ല അതെല്ലാം സേന്ദ്ര വിഷയങ്ങൾ മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് ആധുനികമാരായ പല മഹാത്മാക്കളും തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതെനിക്ക് പിടികിട്ടിട്ടില്ല വേദത്തിലെ പല ഭാഗങ്ങളും ഞാൻ മനസ്സിലാക്കിയെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത് മനസ്സിലാകുന്നതല്ല ഇത് മനസ്സിന് പുറത്താണ് ഈ വിഷയം എന്നാലും അതിന് അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമം എന്നുള്ളതേക്കാളും നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ നേരത്തെ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾക്കിവിടെ ഓരോന്നായിട്ട് സമാധാനം പറഞ്ഞു ആദ്യത്തെ ചോദ്യത്തിന് സമാധാനമായിട്ടാണ് ദക്ഷിണ ഉത്തരമാർഗങ്ങളെ കുറിച്ചൂടെ വിശദീകരിക്കുന്നത് ദക്ഷിണ എവിടെ ചെന്നാണ് പിരിയുന്നത് അതും പറഞ്ഞു മൃദാനി അന്യധൂമാ മരിച്ചവരെ ദ്ദേഹിപ്പിക്കുക അന്ത് പറയുന്ന എല്ലാവർക്കും തുല്യം തന്നെ അഗ്നിപ്രക്ഷേപം പക്ഷേ അതിനുശേഷം രണ്ടു വഴിക്ക് പിരിയുന്നു അന്യേ അർച്ചരാധന വെറു കൂട്ടർ സൂര്യായനം മറ്റൊന്ന് ചന്ദ്രായനും അന്യേ ധൂമാധന പുനർഉത്തരനെ ഉത്തരായനും ദക്ഷിണായനും ഷണ്മാസാൻ പ്രാപ്നബന്ധ സമിതി പുനർവ്യാവർത്തതേ പിരിഞ്ഞു പോകുന്നു മാസങ്ങളെ പ്രാപിച്ചിട്ട് അന്യ സംവത്സരം അന്യ മാസ പിതൃ ലോകം അതും പറഞ്ഞു ഒരു കൂട്ടര് മാസങ്ങളിൽ നിന്ന് സംവത്സരത്തെ പ്രാപ്ത വേറെ കൂട്ടർ നേരെ പിതൃലോകത്തിൽ പോകുന്നു അത് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞാണ് വ്യാഖ്യാത പുനരാവണത്തി രവി പിന്നെ മടങ്ങി വരുന്നതിനെ കുറിച്ച് ചോദിച്ചു അതും പറയുന്നു ക്ഷീണ അനുസയാനാം അനുസയം പുണ്യം അത് ക്ഷയിക്കുമ്പോൾ ചന്ദ്രമുണ്ഡലാത് ആകാശാതിക്രമേണു മാർഗം പറഞ്ഞു ആ ചോദ്യത്തിന് ഉത്തരമായി അപൂരണം എന്തുകൊണ്ട് ലോകം എന്നറിയുന്നില്ല അതും അവസാനം പറഞ്ഞു തേനാസുലോന സമ്പൂര്യ ദൈഗി ഹസ്മാ ദൈവം കഷ്ട സംസാരഗതി തസ്മ ജുഗുത ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രീ എന്താണ് പറയുന്നത് അതാണ് ശ്രുതിയുടെ പരവമായ താത്പര്യം എന്താണ് ഇങ്ങനെയുള്ള രണ്ടു വഴിയിലൂടെ ജീവന്മാരെ സഞ്ചരിക്കുന്നു ഈ വഴിയിലേക്കും നമ്മളെ മനസ്സിലാക്കി ഈ വഴിയെ നമ്മളെ പഠിപ്പിക്കുകയല്ല ശ്രുതി അതെല്ലാം ഉദ്ദേശിക്കുന്നു മറിച്ച് എന്താണ് ശ്രദ്ധ വെറുക്കുക ഇതെല്ലാം വെറുക്കേണ്ടതാണ് എന്തുകൊണ്ട് കഷ്ട സംസാര ഇത് സംസാരഗതിയാണ് ഇത് ജനന മരണമാണ് ഇതിലൊന്ന് മോചനം നേടണം ഇതിലിങ്ങനെ പറങ്ങാൻ പാടില്ല ഇത് വെറുപ്പുണ്ടാകണം വിരക്തി ചികിത്സ ഉദ്ദേശിക്കുന്നത് അർത്ഥത്തിലല്ല ഈ പോക്കു വരവിനോട് വിരക്തനാകുക ഉദാസീനനാകുക താല്പര്യമില്ലാതായി തീരുക യസ്മസ് ജന്മ മരണ ജനിത വേദന അനുഭവകൃതക്ഷണാഹ ക്ഷുദ്ര ജന്തോരിത संसार सेदा സാഗര അഗാധേ ആളവ നിരാശ ഉത്തരണം വർദ്ധി തസ്മാവിധം സംസാരഗതിസേതീഭൃഭവേവിധേ സംസാരമഹോധത്ത് ഭൂരെ പാദ മെക്കേനിക് ജന്മ മരണ ജനിത വേദന അനുഭവകൃതക്ഷണാഹ വിവേകിത്തോടുകൂടി ചിന്തിക്കണം ജനനം ദുഃഖകരമാണ് മരണം ദുഃഖകരമാണ് അതെല്ലാം കൊണ്ടുണ്ടാകുന്ന വേദന ക്ഷുദ്രജന്തവും ആ വേദന അനുഭവിക്കുന്ന ഈ ജീവികൾ അവരുടെ ഓരോ സമയവും ഈ വേദനയിലാകുന്നതാണ് വേദന അനുഭവകൃതക്ഷണാഹ അവരുടെ സമയം മുഴുവൻ ജനിക്കും മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ പ്രദീക്ഷണം ജനനമരണ വേദന അനുഭവിക്കണം അന്ധകാരത്തിലാണ് ദുസ്തരെ മറികടക്കാൻ കഴിയുന്നില്ല വിളിച്ചവില്ല അതിൽ അകപ്പെട്ടു പോയി പ്രവേശിക്കാ ഈ ജീവന്മാരെല്ലാം സാഗരി സമുദ്രത്തിൽ പെട്ടുപോയി അവിടെ കപ്പലും വള്ളവും ഒന്നുമില്ല നീന്താനും അറിയത്തില്ല അങ്ങനെയുള്ള അഗാധ സമുദ്രത്തിൽ പതിച്ച ഒന്നിനെ പോലെ ജീവന്മാരുടെ ഗതി വിവേകികൾക്ക് നിരാശാസ ഉത്തരണം കടന്നു കിട്ടുന്നതിനെ കുറിച്ച് യാതൊരാശയുമില്ല മറികടക്കാം എന്നുള്ളൊരു പ്രതീക്ഷയില്ല ഈ ദംശ മശക ജീവിക്കുമ്പോൾ ഈ സംസാരത്തെ മറികടക്കാം ഒരു ചിന്ത പോലും മനസ്സി തസ്മായും വിധ സംസാരഗതി ജു വിപത്സ്യത അഗ്നി ഇതിനെ ഭയക്കണം ഇതിനെ വരക്കണം വരക്കുക എന്ന് പറഞ്ഞാൽ ഇതിനോടാണ് ജീവന്മാർക്കെല്ലാം ആസക്തി ഇതിനാണ് ജീവന്മാരെല്ലാം മുഴുകിയിരിക്കുന്നത് ഇത് വീണ്ടും വീണ്ടും വേണം ജന്മം വീണ്ടും വേണം എന്നാഗ്രഹിക്കുകയാണ് ഇതിനു നേരെ വിപരീതമായതാണ് ജുഗുത്സ അത് വേണ്ട എന്ന് തീരുമാനിക്കുക മാ ഭൂ ഇതിനി വരരുത് ഇതിവിടെ അവസാനിക്കണം ഏവം വിധേ സംസാരം മഹോധത് ഉദ്ഘോരേ പാത അങ്ങനെയുള്ള ഈ സംസാര മഹാസമുദ്രത്തിന് ഉദ്ഘോരമായ പതിച്ചിരിക്കുകയാണ് പക്ഷെ ഇനി ഇത് എന്ന് ചിന്തിക്കണം അതുകൊണ്ട് ഇതിനെ പെറുക്കണം ഇതിൻ്റെ ഒന്നും പിറകെ പോകണ്ട എന്നാണ് ആത്യന്തികമായ ഉപദേശം ഒരു ഗതിയും വേണം എന്നുള്ള വിവേകം ഉള്ളിലിരിക്കണം അപ്പോൾ ആദ്യം ഇങ്ങനെ സൂര്യായണത്തിലൂടെ പോവുക ചന്ദ്രായണത്തിലൂടെ പോവുക മാർഗങ്ങളെക്കുറിച്ച് വളരെ ആകർഷകമായിട്ടിവിടെ വർണ്ണിച്ചു ഒരാൾക്ക് താല്പര്യം ഉണ്ടാകത്തക്ക രീതിയിൽ ചോച്ചകമായിട്ട് എന്നിട്ട് ശ്രുതി ഇത് വേണ്ട അടുത്ത അദ്ദേഹത്തിന് തത്വമസി ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെറുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തത്വമസി ഉപദേശിക്കുന്നത് അതാണ് വേണ്ടത് ഇതല്ല േഷ ശ്ലോകോ പഞ്ചാഗിന് വിദ്യാസ്തുത അതിനുവേണ്ടിട്ടാണ് ഈ മന്ത്രഭാഗം വന്നത് അവസ ഭാഷകാരൻ തന്റേതായ സംഭാവന ആവശ്യങ്ങളെല്ലാം ചെയ്യും ശ്രുതിയും ഭാഷയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും ചെറുത് പറയുന്നത് എന്താണ് ഹിരണ്യസിന സ്വർണ്ണത്തെ മോഷ്ടിക്കുന്നവൻ ആരെങ്കിലും സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർണമെന്ന് പറഞ്ഞു അന്യന്റെ ധനം പരസ്യം അത് അപഹരിക്കുന്നവൻ ഏതു തരത്തിലാണെങ്കിൽ പരസ്യത്തെ അന്യന്റെ ധനത്തെ അപഹരിക്കുകയാണെങ്കിൽ അത് പാപമാണ് നരകാനുഭവമാണ് ചെയ്യാൻ പാടില്ല സദാചാരം അല്ല സജ്ജനങ്ങൾ ചെയ്യുന്ന കാര്യമില്ല പരന്റെ അപഹരിക്കരുതെന്നാണ് ശ്രുതി പറയുന്നത് പക്ഷേ ഭക്ഷ്യകാലം പറയുന്നത് എന്താണ് ബ്രാഹ്മണസ്യ സ്വർണം ബ്രാഹ്മണന്റെ സ്വർണ്ണത്തെ മോഷിച്ചാലേ എളുപ്പമാകും ബാക്കിയുള്ളവരുടെ മോഷ്ടിച്ചാലും കുഴപ്പമില്ല എന്നാ പറയുന്നത് നമ്മുടെ ബ്രാഹ്മണന്റെ ഒരു പ്രത്യേകത അതുമാത്രം അപകരിക്കാൻ പാടില്ല അങ്ങനെ പറയും ബുദ്ധിയുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ അതിന് ചില ദൃശ്യങ്ങളൊക്കെ കാണും അതിനടുത്ത് പറയുന്നത് സുരാം ബ്രാഹ്മണൻ ബ്രാഹ്മണനായിട്ട് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് മറ്റുള്ളവർ മദ്യം കുടിച്ചാൽ അവര് ദോഷവും ഇല്ലെന്നു ശ്രുതി നന്ദ പറയുന്നത് സുരാം പിൻ മദ്യം കുടിക്കുന്നവൻ ദോഷമാണ് മദ്യപനും നരകമാണ് കാരണം മദ്യം കുടിച്ചുകഴിഞ്ഞാൽ അവരുടെ വേഗം നഷ്ടപ്പെടും വേഗം നഷ്ടപ്പെടുന്ന അവൻ കുകർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കും അതിന്റെ ഫലമായി നരകവും ദുഃഖവും ഒക്കെയാണ് അതുകൊണ്ടാണ് മദ്യ വിപാനത്തെ നിഷേധിക്കും ബുദ്ധിയൊക്കെ എടുത്തതുകൊണ്ട് അതാരും പിടിച്ചാലും ദോഷമാണ് പക്ഷേ ഭക്ഷ്യകാലം പറയുന്നത് എന്താണ് ബ്രാഹ്മണൻ മദ്യപിച്ചിരുന്ന ദോഷം എന്തുക അങ്ങനെ പറയാൻ എന്താ കാരണം പറയുന്നതിനൊരു മദ്യപാനിയായ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മഹാ നാണക്കേടാണ് മദ്യപാനിയായ ചണ്ടാടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ചെണ്ടാളിൽ മദ്യപിക്കുന്നവനാണ് ചണ്ടാളങ്ങൾ പക്ഷെ മദ്യപാനിയായ ബ്രാഹ്മണൻ എന്ന ഭാഷകാരം തന്നെ എന്തുകൊണ്ട് പറയും പറയുന്നുണ്ട് കാരണം അതായത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അമാനിത്വം അതമ്പിത്വം തുടങ്ങിയ ഗുണങ്ങളുള്ളവനാണ് ബ്രാഹ്മണൻ എന്നാ പറഞ്ഞത് സദാചാരനിഷ്ഠൻ ധർമ്മനിഷ്ഠൻ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ക്രൗര്യ വക്ര മായ തുടങ്ങിയ ദോഷങ്ങളില്ലാത്തവനാണ് ബ്രാഹ്മണൻ പക്ഷെ ബാഷിക്കാരന്റെ ബ്രാഹ്മണൻ അതല്ല ഒരു അവൻ ബ്രാഹ്മണൻ തന്നെ അതിനെ സ്വീകരിക്കാതിരിക്കാൻ അതായത് ജന്മം കൊണ്ടാണ് ബ്രാഹ്മണത്വം എന്ന് പറയുന്നതിന് വേണ്ടിട്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണൻ വിളിക്കാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റും ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് ബ്രഹ്മജ്ഞാനി എന്ന് അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ മോഷ്ടിക്കുന്ന ബ്രഹ്മജ്ഞാനി മദ്യപിക്കുന്ന ബ്രഹ്മജ്ഞാനി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അപ്പൊ ബ്രാഹ്മണ ശബ്ദത്തിന്റെ ശരിയായ അർത്ഥം എടുക്കാറ് ബ്രാഹ്മണത്വം കേവലം ജന്മം കൊണ്ടാണ് അവൻ മദ്യപിച്ചാലും ബ്രാഹ്മണൻ തന്നെ മോഷ്ടിച്ചാലും ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണൻ അല്ലാതാകുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ബ്രാഹ്മണ ശ്രുതിയിലില്ലാത്ത കാര്യം ശ്രുതിയിലുള്ള കാര്യങ്ങൾ വ്യക്തമാകാത്ത കാര്യങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യം വ്യാഖ്യാനം എന്ന് പറയുന്നത് ശ്രുതിയുടെ നമുക്ക് തോന്നും പല സ്ഥലത്തും പറഞ്ഞെന്താണ് കർമ്മാനുരൂപമാണ് ജന്മം പറഞ്ഞു പുണ്യത്തിനനുസരിച്ചാണ് ബ്രാഹ്മണത്വം ക്ഷത്രിയത്തും വൈശ്യത്വം പാപത്വം അനുസരിച്ചിട്ടാണ് കണ്ടാള അങ്ങനെ അത് വരാൻ അല്ലാതെ കേവല ജന്മം കൊണ്ടുണ്ട് പക്ഷെ ഇവിടെ അത് സമർത്ഥിക്കുന്നോണ്ടാണോ സ്വരാംബിബൻ ബ്രാഹ്മണൻ ബ്രാഹ്മണനായിട്ട് മദ്യപിക്കുക എന്നുവെച്ചാൽ അപ്പോൾ ബ്രാഹ്മണൻ എന്ന് വിശേഷമായി അനുവദിച്ചു കിട്ടേണ്ട സംവരണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വിശേഷമായ ആനുകൂല്യങ്ങൾ നിലനിർത്തണം മദ്യപിച്ചാലും ശരി ശ്രേഷ്ഠനാണ് പൂജ്യനാണ് കാരണം എന്തുകൊണ്ട് ബ്രാഹ്മണനാണ് ജന്മം കൊണ്ടുള്ളത് സമർപ്പിക്കാം അല്ലാതെ ബ്രാഹ്മണ ശബ്ദത്തിന് സദാചാരനിഷ്ഠനെന്നോ അല്ലെങ്കിൽ ശ്രുതിയിൽ പലയിടത്തും പറയുന്നതുപോലെ ഗീതയിൽ പറയുന്നത് പോലെ സദ്ഗുണസമ്പന്നനെന്നോ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയെന്നോ ഉള്ള ഒരു അർത്ഥശങ്കരാചാര്യം സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ മനഃപൂർവ്വം മദ്യം കുടിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പ്രയോഗിക്കില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല മദ്യം കുടിക്കുന്നത് ബ്രാഹ്മണൻ്റെ ചണ്ടാളങ്ങളാണ് അപ്പം ശ്രുതിയിൽ ഇല്ലാത്ത കൂടെ വ്യാഖ്യാനിച്ച് എഴുതി ചേർത്തു ഉദ്ദേശം എന്താ ഇത് തന്നെയാണ് ഇനി കാര്യത്തെ കുറിച്ച് ആർക്കും സംശയമുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരുസ്തൽപ്പം ധാരാൻ ആവസൻ ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ ദുഷ്കർമ്മമാണ് ബ്രഹ്മ ബ്രാഹ്മണസിഹന്ത ബ്രാഹ്മണനെ കൊല്ലുന്നവൻ പാപമാണ് ചേത്യേതെ പതന്തി ചത്വാര ഇവരെല്ലാം സ്വാഭാവികമായിട്ടും മോഷ്ടിക്കുന്നവൻ മദ്യപിക്കുന്നവൻ ലഭിചരിക്കുന്നവൻ ബ്രാഹ്മണനെ കൊല്ലുന്നവൻ ഇവർക്കെല്ലാം നീച്ച ജന്മമാണ് അനേക ജന്മങ്ങളും ഈ ദംശമശകീടങ്ങളായി നരകാനുഭവമാണ് പഞ്ചമസ് സഹാചരൻ ഇനി ഇവരോട് സംസർഗത്തിലിരിക്കുന്നവൻ ഇവരോട് കൂടി ചേരുന്നവർ ഇതിനൊക്കെ ഇവരെ സഹായിക്കുന്നവർ അവരെ ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഇതിനോട് സഹകരിക്കുന്നവരെന്നത് നമ്മൾ അത് സ്മൃതികളിലൊക്കെ പറയുന്നതാണ് ഒരാൾ പാപം ചെയ്യുന്നവനും ഫലമുണ്ട് അപ്പോൾ ആ പാപത്തിന് കൂട്ടുനിൽക്കുന്നവനും അതേ ഫലം തന്നെ അവൻ കള്ളം ചെയ്താൽ കിട്ടുന്ന ഫലം കള്ളത്തിന് കൂട്ടുനിൽക്കുന്നവനുമുണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ സഹായിച്ചു കഴിഞ്ഞാൽ അവനും അതേ ഫലം തന്നെയാണ് ഫലത്തിലേറ്റ കുറവാണ് സ്മൃതികളിൽ പറയുന്നതാണ് ശ്രുതി എന്ന് പറയുന്നു തൈ ആചരൻ ഇങ്ങനെ ചെയ്യുന്നവനും നിരക ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അനേക ജന്മങ്ങൾ അനന്തമായ ജന്മങ്ങൾ കഴിഞ്ഞു ആ ജന്മത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയാമ്യോ അവന്റെ ഇതോടുദ്ദേശിക്കുന്നതാണ് അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാപങ്ങൾ പൂർവ്വജന്മങ്ങളിലെ പാപങ്ങളുണ്ടെങ്കിലും അവൻ ഒരു ജന്മത്തിൽ വർത്തമാന ജന്മത്തിൽ അവൻ തിരികെയാണ് പുണ്യം കൊണ്ട് പുണ്യത്തിന്റെ ആധികൃം കൊണ്ട് അവന് കർമ്മസർമ്മത്തിലോ ഉപാസനോ മാർഗത്തിലോ ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ പൂർവപാപം അവനെ ബന്ധിക്കുന്നില്ല ഇതൊരു വലിയ പാഠമാണ് കാരണം തികച്ചും പുണ്യവാനായ ഒരു ജന്മം അങ്ങനെയില്ല ആർക്കും മനുഷ്യരൂപത്തി വരുന്ന ആർക്കും ഇല്ല എന്തുകൊണ്ട് ശരീരം തന്നെ പാപ പുണ്യസമ്മിശ്രമാണ് അതുകൊണ്ടാണ് ഭഗവാൻ സ്വന്തം മായകൊണ്ട് പ്രത്യേക ശരീരത്തെ സൃഷ്ടിച്ച് അവതരിച്ചെന്നും മറ്റും ഭാഷകാരനും മറ്റും പറയുന്നു മറിച്ച് ശുക്രശോണിത സംയുക്തമായി വരുന്ന ശരീരം അത് പാപപുണ്യ ഫലമാണ് അങ്ങനെ ഒരു ശരീരത്തോടുകൂടി വരുന്ന ഒരുവൻ ഒരു ജീവൻ ആ ജന്മം എന്ന് പറയുന്നത് അനന്ത ജന്മങ്ങളുടെ തുടർച്ച മാത്രമാണ് അപ്പം അത് പാപ പുണ്യത്തോടു കൂടി മാത്രമേ വരൂ പുണ്യം മാത്രമായി വരത്തില്ല ഈ ശരീരം മനുഷ്യ ശരീരം കിട്ടിയത് പുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് പക്ഷെ പാപം അവിടെ കൊണ്ട് പ്രാരബ്ധനുഭവിക്കാൻ തുടങ്ങിയതാണ് അതിൻ്റെ തുടക്കമാണ് ചിലത് അപ്പോൾ ഇവിടെ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കണം പാപത്തിൻ്റെ അനുഭവ ഫലം അനുഭവിക്കണം ചിലപ്പോൾ ഒരുവൻ പുണ്യത്തിൽ ഏർപ്പെടുന്നത് തന്നെ തൻ്റെ കർമ്മത്തിന് അധീനനായി പാപത്തിലേർപ്പെടാം അങ്ങനെ സംഭവിക്കും ഈ ജന്മത്തിൽ സംഭവിക്കാൻ പൂർവ്വ ജന്മങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ ജന്മത്തിൽ ഉപാസന കർമ്മങ്ങൾ കൊണ്ട് ആ പാപങ്ങൾ നശിക്കുന്ന കൂടെ ജന്മത്തിലെ പാപങ്ങൾ അവനെ സ്പർശിക്കാതിരിക്കുന്നത് എന്നിവിടെ പറഞ്ഞു വരുന്നു അതുപോലെ തന്നെ ഈ ജന്മത്തിലെ പാപങ്ങൾ ഒരുവൻ സന്മാർഗത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ബാധിക്കുന്നില്ല പാപത്തെക്കുറിച്ചൊരു കുറ്റബോധം അത് ആവശ്യമില്ലെന്നുള്ളതാണ് കാരണം പാപ ഇല്ലാത്തവരില്ല അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ശരീരത്തോടു കൂടി ഇരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സ്വയം ഈശ്വരനെ പോലെ സ്വയം സ്വേച്ഛ അങ്ങനെ ഒരു ശരീരം സൃഷ്ടിക്കും അത് ജീവൻ സാധ്യമുണ്ട് അത് സർവജീവന്മാരും തത്വജ്ഞാനികൾ പോലും അവരുടെ ശരീരം പോലും പാപുണ്യം അതാണ് പ്രാരംഭത്തെ അംഗീകരിക്കുന്നത് തത്വജ്ഞാനികൾ സ്വന്തം ശരീരം സ്വീച്ച് അസൃഷ്ടിക്കുന്നതല്ല പാപപുണ്ഡ്യത്തിന് അധീനമാണ് അവിടെ സുതക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ എന്തു ചെയ്യുന്നു ജാനാഗ്നി സർവകർമാണി ഭസ്മസാദ് ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മാകുന്നു അതുകൊണ്ടവരിലുള്ള പാപം വർത്തമാന ജന്മത്തിനെയും പൂർവ്വജന്മത്തിനെയും പാപവും നശിപ്പിക്കുന്നു അതേ ഫലം തന്നെ ഈ ഉപാസനയ്ക്ക് വരുന്നു മറിച്ചാണെങ്കിൽ അവർക്ക് ദോഷം അതാണത് പറയുന്നത് അതേ പഞ്ചാഗ് വേദ നൈരപരൻ ആത്മനലിപ്യതൃലോകോദം അധിയോ യഥോക്താൻ പഞ്ചാഗ് പറഞ്ഞുള്ളൂ ഇതൊരു ഗൃഹസ്ഥനാണ് ഇവിടെ ഈ ശ്രേഷ്ഠമായ ധർമ്മത്തെ ആചരിക്കുന്നത് ഈ ഉപാസന ആഗ്രഹിക്കുന്നത് പഞ്ചാഗ്നി പിന്നെ അവിടെ പറഞ്ഞെല്ലാം കർമ്മങ്ങൾ उपासना ഇതെല്ലാം സത്തൈര ആചരൻ അവരോട് സഹകരിക്കുന്നവര് കർമ്മത്തിലെല്ലാം സഹകരിക്കുന്നവർ അവരെല്ലാം മഹാപാദ വിഭീസഹ എന്ന പാത്മന ലിപ്യത അവര് മഹാപാതകളായാലും ശരി പാത്മന എന്ന ലിപ്യത ശുദ്ധയേവ അവർ ശുദ്ധന്മാർ തന്നെയാണ് പാപ അവരെ ബന്ധിക്കുന്നില്ല കാരണം ഇത്തരം കർമ്മങ്ങളിൽ ഉപാസങ്ങളിൽ ശ്രദ്ധയോടുകൂടി മുഴുകുമ്പോൾ പൂർവ്വാർജിതമായ പാപപുണ്യങ്ങളെല്ലാം അതുകൊണ്ട് നശിക്കുന്നു അവർ ശുദ്ധന്മാർ തന്നെയാണ് പൂർവ്വ ജന്മത്തിലുള്ളതായാലും ശരി ജന്മത്തിലുള്ള ആയാലും ശരി ഏത് പാപത്തിനും പ്രായശിത്തം പരിഹാരം ഉണ്ടെന്ന് പറയുന്ന അതാണ് അപ്പം ഈശ്വരീയമായ മാർഗത്ത് മാർഗം എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണെന്ന് പറയുന്നു ഈശ്വര പ്രമാണത്തിന് അടിസ്ഥാനം ഒക്കെയാണ് ഈശ്വരനാമം സർവപാപത്തിൽ ഇല്ലാതാക്കുന്നു ഈശ്വര സർവപാപത്തെ നശിപ്പിക്കുന്നു ഈശ്വര സ്മരണം നശിപ്പിക്കുന്നു ഈശ്വര സങ്കീർത്തനം നശിപ്പിക്കുന്നു എന്നെല്ലാം പറയുന്നതിന് പ്രമാണം വിശ്രുതിയാണ് അല്ലേ അത് വൈദിക കർമ്മവും ഉപാസനയുമായി ബന്ധപ്പെടുത്തി പറയുന്നു ആ പാപങ്ങളില്ലാതാകുന്നു അവർ മാത്രമല്ല അവരോട് സഹകരിക്കുന്നവരും ഇല്ലാതാകുന്നു അവരോട് കൂടിച്ചേരുന്നവർ അതിനുവരെ സഹായിക്കുന്നവർ ദർശന പാവിതോ യസ്മാ പുണ്യോകം പുണ്യലോകോതി അവർക്ക് പുണ്യലോകങ്ങളാണ് പ്രാജാപത്യലോകം പെരണ്യഗർഭലോകം സൂര്യലോകം ബ്രഹ്മലോകം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ഇത്തരം ലോകങ്ങളിൽ അവരെത്തിച്ചേരുന്നു സമസ്തം പഞ്ചവീ പ്രശ്നേഹി ൃഷ്ടം അർത്ഥജാതം മേധ ആരാണോ ഇതിനെ അറിയുന്നത് അനുഷ്ഠിക്കുന്നത് വ്യക്തി സമസ്ത പ്രശ്ന നിർണയ പ്രദർശനാർത്ഥ ഏവം മേധ ഏവം മേധ എന്ന് പറഞ്ഞു രണ്ടു തവണ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ഇതാണ് ശ്രുതിയിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന പഞ്ചാഗിന് വിദ്യ നമ്മൾ പഞ്ചാഗിന് വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ നിന്ന് എന്തോ അഞ്ച് അഗ്നികളെ കൊണ്ടെന്തോ പൂജയെ മറ്റോ ചെയ്യുന്നു എന്നാണ് ഭൗതികമായി അഗ്നിയമായിട്ട് ഇതൊരു ബന്ധമില്ല വിദ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഉപാസനയാണ് ഇത്രയും നമ്മൾ ചർച്ചയിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരുന്ന നല്ലത് ഇനി അടുത്ത് പറയുന്നത് വൈശ്വാൻ ഒരു പ്രാചീനശാല ഉപമന്യവാ സത്യജ്ഞലുഷിമനോ ഭാവീയോ ജനഃക്കാക്ഷോ ബുഡുലാശരാശി ദേഹ്യത്തെ മഹാശാല മഹാശ്രോത്ര മീമാംസാചു കോ ന മഹാശാല മഹാശ്രോത്രിയാ മഹാശ്രോത്രിയന്മാർ ഇവരെല്ലാം ബ്രാഹ്മണരാണ് വേദമെല്ലാം പൂർണ്ണമായും അധ്യയനം ചെയ്തവരാണ് മഹാശാലാഹ മഹാശാലയ്ക്ക് ഭാഷ കാലഘട്ടം പറയുന്നത് മഹാഗ്രഹസ്ഥാഹ മഹാഗ്രഹസ്ഥന്മാരാണ് എല്ലാവരും മഹാശാലം തുടങ്ങി വിസ്തീർണാഭിശാലാധി യുക്ത ഇവർക്ക് വലിയ വീടുകളും മറ്റും ഉണ്ടായിരുന്നു വലിയ മണിമാളികകളൊക്കെ ഉണ്ടായിരുന്നു വലിയ ധനവാന്മാരാണ് വേദമെല്ലാം അധ്യയനം ചെയ്തവരാണ് മഹാബ്രാഹ്മണരാണ് ഇങ്ങനെയുള്ള അഞ്ചു പേര് ഔപമന്യു ഉപമന്യുവിന്റെ പുത്രനായ പ്രാചീനശാലൻ പുരുഷന്റെ പുത്രനായ സത്യജ്ഞൻ ഭല്ലവിയുടെ പുത്രനായ ഇന്ദ്രധുമനൻ ശർക്കരാക്ഷന്റെ പുത്രനായ ജനൻ അശ്വതര ഋഷിയുടെ പുത്രനായ ബുടിലൻ ഇങ്ങനെ അഞ്ചു പേര് അത് ഋഷിമാരെല്ലാം അച്ഛന്റെ പേരില അറിയപ്പെടുന്നു എല്ലാ ഋഷിമാരും ഇന്ന് നമ്മൾ പേരിനോട് കൂടി ചേർത്ത് എൻഷിലെഴുതുന്ന പോലെ സി കെ എസ് എന്നൊക്കെ എഴുതുന്ന പണ്ട് അച്ഛന്റെ പേര് മീണമെന്ന് പറയും ആ പരമ്പരയെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇവരെല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് ഇവരെന്താ ചെയ്തത് മീമാംസം ചക്രഭു വിചാരം ചെയ്തവരെല്ലാം ഒരുമിച്ച് കൂടിച്ച് കോന് ആത്മാബ്രഹ്മ എന്താണ് ഈ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് എന്താണ് ഈ ബ്രഹ്മം ഇതും ഒരു ഉപാസനയെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ആ ആത്മാവ് എന്താണ് ബ്രഹ്മം എന്താണെന്ന് ചോദിക്കുമ്പോൾ രണ്ടും നല്ല ബന്ധം എന്താണ് ആത്മാവ് എങ്ങനെ ്രഹ്മത്തോട് ഒന്നാകുന്നു അവസാനം ഇവിടെ ഉപദേശിക്കുമ്പോൾ ആത്മാവും ബ്രഹ്മവും രണ്ടും ആ ഏകനായ വൈശ്വാനനാണ് അവന് ഏകമാക്കി ഉപാസിക്കാനാണ് നിർദ്ദേശിക്കുന്നത് ഏകനായ ആ വൈശ്വാന രൂപത്തിൽ അവന് ഉപസിക്കുക ധ്യാനിക്കുക എന്നാണ് അവസാനം പറയുന്നത് ഇവരെങ്ങനെ കുറിച്ച് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് അവർക്ക് ഉത്തരവ് ഒന്നും കിട്ടിയില്ലാദയാൻ ചക് അവസാനം അവര് തീരുമാനിച്ചു ഇതിങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത ഇതിനൊരു അവസാനം വരത്തില്ല ഒരു വിഷയത്തെക്കുറിച്ച് നിശ്ചിതമായ ജ്ഞാനമില്ലാത്തവർ പരസ്പരം ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരിടത്തും എത്തിച്ചേരത്തില്ല അവരും അവരവർക്ക് തോന്നി ഓരോ അഭിപ്രായം പറയും പല ആ ചർച്ചയൊക്കെ ക്രോഡീകരിക്കുന്നതിന് അവരെക്കാൾ അറിവുള്ള ഒരാൾ വേണം എന്നാൽ ചർച്ച നമ്മൾ ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ അവൾ ഒരു മോഡറേറ്റിലൊക്കെ വയ്ക്കുന്നത് ഒരാളങ്ങനെ വേണം ഇതില്ലാതെ ഒരു ചർച്ച ചെയ്ത് അപ്പോൾ അവസാനം അവർ ഇങ്ങനെ ഒരു നിർണ്ണയത്തിലെത്തി പല ദിവസം ചർച്ച ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നില്ല ഉദ്ദാലകോ വൈ ഭഗവന്തോ എം ആരുണി ഈ അരുണന്റെ പുത്രനായ ഉദ്ദാലകൻ എന്ന് പറയുന്നവർ മഹാബ്രാഹ്മണനുണ്ട് ഋഷിയുണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം അദ്ദേഹം സമ്പ്രദം ആത്മാവനം മൈശാനുടെ മദ്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഈ ആരുണിയാണ് ഈ ആത്മാവിനെ കുറിച്ച് ശരിക്കറിയുന്നത് ഉദ്ദാലകൻ്റെ മകനാണ് അതുകൊണ്ട് അയാളെ പോകാം അധ്യം അഭ്യാഗം അതുകൊണ്ട് അദ്ദേഹത്തെ നിന്ന് ഈ വിദ്യ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നേരെ അദ്ദേഹത്തെ സമീപിക്കാം അവരെല്ലാവരും കൂടി ചേർന്ന് നേരെ ആരുണി ഉദ്ദാലകൻ അരുണന്റെ പുത്രൻ ഉദ്ദാലകൻ ആരുണി ആരുണിയെ സമീപിച്ചു സഹ സംവാദയ സകാര പക്ഷേ മാം ഇമേ മഹാസ മഹാശ്രോത്രേയോ നവമ പ്രതിപക്ഷേ ഹന്ഹം അന്യനിശാസാനീതി സഹസമ്പാദ ഇവരെല്ലാവരും കൂടി ചേർന്നു ഉദ്ദാലകന്റെ അടുത്തു നിന്നു ആരുണി അരുണപുത്രനായ ഉദ്ദാലകന്റെ അടുത്തു നിന്നു അവിടെയും ചർച്ച നടത്തി വസനം അവിടെയും ഒരു തീരുമാനമായിരുന്നു പറഞ്ഞു പറയുന്നു പറയുന്നു മഹാശാല മഹാശ്രോത്രിയു എന്ന സർവമിവ പ്രതിപത്സ്യ പറയുന്നു നമ്മളിത് ഇങ്ങനെ ചർച്ച ചെയ്ത ഇവിടെ ചെയ്ത് തീരുമാനമാകത്തില്ല നിങ്ങളെന്താണ് മഹാശാല മഹാശ്രോത്രിയ വേദങ്ങളെല്ലാം അധ്യയനം ചെയ്തവരാണ് എന്നിട്ടും മനസ്സിലായില്ല അതാ വേദത്തിൽ ഇല്ലാത്തതു കൊണ്ടല്ലോ വേദം അധ്യയനം ചെയ്തെന്താ മനസ്സിലാകത്ത നമുക്ക് മനസ്സിലാകാത്തതുപോലെ തന്നെ അവർക്കും മനസ്സിലായി മനസ്സിലാകുന്നില്ല മഹാശ്രോത്രിയന്മാരാണ് എങ്കിലും മനസ്സിലാകുന്നത് സർവമിക പ്രതിപിയെ എനിക്കിത് പറയാൻ പറ്റത്തില്ല സംഗതി എനിക്കും പിടികിട്ടിയിട്ടില്ല ഇത് മുമ്പ് ഒരു സന്ദർഭത്തിന് ഇത് തന്നെ വന്നു ഗൗതമൻ പ്രവാഹൻ എൻ്റെ അടുത്ത് പോയത് അതുപോലെയാണ് മകൻ ചെന്ന് അച്ഛനോട് ചോദിച്ചു അച്ഛനെ പടികിട്ടിയില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം പ്രവാഹനെന്റെ അടുത്ത് പോവാം സർവമിവ പ്രതിപക്ഷ അന്തഹം അന്യം അഭ്യനുശാസാനിധി നമുക്ക് വേറൊരാളെ ചോദിക്കാം വേറൊരാളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത് അവരുടെ മഹത്വമാണ് എന്താണ് അവർ വിദ്യ ഒരാളെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ അറിയാവുന്ന നാട്ടിൽ തീരിക്കുക എന്നിട്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക അതൊന്നുമല്ല ചെയ്ത് എനിക്കും അറിവില്ല അറിയില്ലായ്മേ തുറന്ന് സമ്മതിക്കുക അവരെല്ലാം അന്നത്തെ പ്രസിദ്ധരായ ഒരുക്കന്മാരാണ് ആണെങ്കിൽ കൂടിയും ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്ന് സമ്മതിച്ചു റിയില്ല ചോദിച്ചിട്ട് പറയാം വിവരമുണ്ടോ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം വിവരക്കേടുണ്ടെന്ന് സമ്മതിക്കാൻ നമുക്ക് പ്രയാസമാണ് പക്ഷെ യഷ്യുമാർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിനി വേറൊരാളെ കാണാൻ പോകാം താൻ പോവാ ഭഗവന്ത സമ്പതി ഇമം ആത്മാനം ഐശ്വാനം അധ്യാഗി തം ഈ ചർച്ച ഇവിടെയും അവസാനിക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം എന്താണോ കൈകേയൻ കെ കൈയുടെ പുത്രനായ കൈകേയൻ എന്ന് പറയുന്ന ഒരാളുണ്ട് പ്രസിദ്ധനാണു അദ്ദേഹം ക്ഷത്രിയനാണ് രാജ്യം ഭരിക്കുന്നവരാളാണ് സമ്പ്രദം ആത്മാനും വൈശ്വാനും അധ്യയന ഈ ആ രാജാവ് നോക്കുക മഹാബ്രാഹ്മണന്മാര് മഹാശ്രോത്രിയന്മാർ വേദമെല്ലാം അധ്യയനം ചെയ്തവർ പക്ഷേ അവർ പോകുന്നവരാണ് രാജ്യം ഭരിക്കുന്ന ഒരു ക്ഷത്രിയൻ്റെ അടുത്ത് എന്താണ് വിദ്യ എന്നറിയാൻ വേണ്ടി ഗുരുവായൂർ സ്വീകരിക്കുന്നത് ഇതാണ് മുമ്പും വന്നത് ഇനി ഉദാഹരണം പ്രവാഹണൻ്റെ അടുത്ത് പോയി ഗൗതമൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ പോകുന്നു വൈദ്യ കാലൊന്നും യാതൊരു ഏറ്റക്കുറച്ചുമില്ലായിരുന്നു മഹത്വമില്ലായിരുന്നു ഇതിനെല്ലാം വ്യത്യാസം ഒന്നും ശങ്കരാചാര്യന്റെ കാലശേഷമാണ് ഇതൊന്നും പാടില്ല ബ്രാഹ്മണൻ സുരക്ഷനാണ് ക്ഷത്രിയൻ നീചനാണെന്നൊക്കെ പിൽക്കാലത്തുണ്ടായാലാണ് ഈ ഇവരെല്ലാം ശ്രേഷ്ഠന്മാരായിരുന്നു ബ്രാഹ്മണനും ശ്രേഷ്ഠനായിരുന്നു ക്ഷത്രിയനെയും ശ്രേഷ്ഠനായിരുന്നു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വിദ്യു പോകുന്നതുകൊണ്ട് ബ്രാഹ്മണൻ നീജനാകുന്നില്ല ക്ഷത്രിയൻ നീജനാവുന്നില്ല എല്ലാവരും എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു കാലമായിരുന്നു കൊയ്തിയ കാലം പിൽക്കാലത്താണ് അതിലെല്ലാം ആ മാറ്റം വരുത്തിയത് അതുകൊണ്ട് ഇവരെന്തു അവൻ ക്ഷത്രിയനാണ് അവൻ്റെ അടുത്ത് പോയി പഠിക്കണ്ടത് എന്ന് പറഞ്ഞില്ല അത് ഇന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ട് വേദത്തെ ഒക്കെ സംരക്ഷിച്ചത് ക്ഷത്രിയരാണ് എന്ന ബ്രാഹ്മണർ മാത്രമാണ് അതല്ല വേദത്തെ സംരക്ഷിച്ചത് ബ്രാഹ്മണനും ക്ഷത്രിയനും കവശന പോലുള്ള വേദന്മാർ എല്ലാവരും കൂടെ ചെറിയിട്ടാണ് വേദത്തെ സംരക്ഷിച്ചത് അവസാനം അതൊരു വിഭാഗം സ്വന്തം കയ്യിലാക്കി കളഞ്ഞു ബാക്കിയുള്ളവരെ കൈ കൊടുക്കാതെ അപ്പോൾ അത് നശിച്ചു അതുകൊണ്ടാണ് വേദം നഷ്ടമായി പോയതും വേദം നശിച്ചു പോയതും വേദത്തിന് കിരയെടുക്കുന്നു അതുകൊണ്ടാണ് സ്വാർത്ഥത കൊണ്ടുതന്നെ കൈ കിടക്കി വെച്ചു പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല വേദം എല്ലാവരുടെയും മകയായിരുന്നു അതുകൊണ്ട് പറയുന്നു ആ കൈകയ്യൻ കൈകൈയ്യയുടെ പുത്രനായ കൈകയ്യൻ്റെ അടുത്ത് പോയി ആത്മാനം വൈശ്വാൻ മധ്യതി വേദം പഠിച്ചെങ്കിലും വേദത്തിന്റെ താല്പര്യം ഇവിടെ എന്താണ് ക്ഷത്രിയനായ രാജാവ് രാജ്യം ഭരിക്കുന്നുവെന്ന് വേദത്തിന്റെ താല്പര്യം അപ്പം അത് എൻ്റെ ഗുണം തംഹന്ത അഭ്യാഗമേരി നമുക്ക് അവരെ സമീപിക്കാം അഭ്യാച ഏതെങ്കിലും തരത്തിലുള്ള ഉച്ച നീക്കത്തും ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന്ല്ലാവരും കൂടി പോയി ഒരു ക്ഷത്രിയെ ഗുരുവായൂ സ്വീകരിക്കില്ലായിരുന്നു അന്നങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ പോയി കൈകേയനായ അശ്വതിയെ ഗുരുവായൂർ സ്വീകരിക്കുന്നു to share in all the Sunday songs of Jesus.